पावनम ശാത്തപാവനമചിന്യവൈഭവം തം നരം വപുഷി കുഞ്ചരം മുഖേ മന്മഹേക്ക്ലം മഹാ ഗുരുബ്രഹ്മാ गुरु ഗുരുദോ മഹേശ്വര ഗുരുസക്ഷാ പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിന് വ്യോമവത് വ്യാത്തദേഹ ദക്ഷിണമൂർത്തേ നമുക്കം നി കരചരണം നമഗോത്രം നൂത്രം നോ ജാതിന്വ വർണ്ണത്തി പുരുഷോ നംസം നീ നം നൈവാരം നി ജനിമരണം പുണ്യം നാപം തം നോ തും സഹജ സമരസം സദ്ഗുരും തം നമു സദാശിവസമാരംഭാ ശങ്കരാചാര്യമധ്യമാസ്മദാചാര്യപര്യം വന്ദേ ഗുരുപരംപരാ മൗനവ്യഖ്യകട്രഹ്മം യുവാനം വർഷിന് വസദൃഷിഗണൈരാവൃതം ബ്രഹ്മനിഷാരേന്ദ്രം കരകളിതചിന്മുദ്രമാനന്ദമൂർത്തിമുദനം ദക്ഷിണമൂർത്തിമീഡേം വേദന്ധവിഭാസകന്യാ േന്ദ്രസങ്ഹപീന്ദ്രവ്യ മോഹധ്വാദിവാകരാഗവത് ബിഭ്രേ തസ്മൈ ഭാഷ്യമോസ്തു സതതം പൂർണ്ണാ ബോധാത്മനി അപാരസിത്സുഖവാരിരാശേ യോർമാത്രം ഭുവനം സമസ്തം ഗുഹാഹ്തം തമണം ഗഭീരം ചിന്വിഹീനം ഹൃദി ചിന്തയാഹം റൺമയവ്ജടാത്മകഹം ബുദ്ധിർന്നാസ്ത്യോ നാഹം തത്തദാവസുക്തിസമയേ സിദ്ധാത്മസദ്ഭാവത്തോഹം ഭാവയു കു വരധി ദൃഷ്ടനിാത്മന സോഹം സ്ഫൂർത്തിതയാ അരുണാചലശിവർണോ വിഭാതി സ്വയം കരുണാൂർണസുധേ കപളിദന വിശ്വപിരണാവലിയ അരുണാചല പരമാരുണൂഭവ ചിത്തകുവിസാ രുണാചലസൂ സ്ഥിര പ്രലീനമേതം ഹൃദ്യഹത്മതയാൃത്യസി ഭോ തേ വൃദയം നാമ അഹമിതി കൂത ആയാതീന്ഷ്യന്ത പ്രവിഷ്ടയാമലധിയ അവഗമ്യ സ്വം ൂപം ബാഹ്യം രുദ്ധപ്രാണന രുദ്ധമനസാ ध्यायन ധ്യയൻ പശ്യത്തി അരുണാചലത്യ മഹീയം തേ ർപ്പനസം പശ്യൻ സർവൃതിയാ സതം ഭജത്തെ അനന്യീ सुखे സുഖേ हृदयकुहरमध्ये केवलं കെയലം ബ്രഹ്മമാത്രം ഹമിത് സാക്ഷാത്മരുപേണ ഭാതി ഹൃദി വിഷ മനസാ സ്വം ചിൻവതാ പവന ചലന റോദ്ത്മനിഷോ ്ജാതം ജഗത്സവം യലീയതേദം ധാരത്തെ ചൈവസ്മൈ ജാനത്മനേനമഹം പ്രജ്ഞാനം ശുപ്രദ സ്ഥിരനികരവ്യവ്യാപ്യലോകാൻ ഭുക് ഭോൻവിഷ്ടാൻ പുനരപണോദ്സിതാൻ കാമജനിയൻ പീവാ സർവാൻ വിശേഷാൻ സ്വപിതി മധുരപുങ് മായാ ഭോജയന്നയാസ്യാറീയം പരമ അമൃതം അജം ബ്രഹ്മയത്തന്നോസ് സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യോനി സത്യം സത്യസൃതസേത്രം സയാത്മകം ം ശം പ്രപ്പ എല്ലാവർക്കും നിസർഗമായിട്ട് സഹജമായിട്ട് സുഖം വേണം ശാന്തി വേണം ദുഃഖം കൂടാതിരിക്കണം എല്ലാവരുടെയും ആവശ്യമാണ് ആഗ്രഹം എന്ന് പറഞ്ഞാൽ പോരാ ആവശ്യമാണ് അനുസ്യൂതം അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അതിനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും സ്വഭാവമാണ് വേണ്ടെന്ന് വെക്കാൻ ഒരാൾക്ക് സാധ്യല്ല ലൗകികനോ അധ്യാത്മമായിട്ടുള്ള ആളോ ഹിന്ദുവോ മുസൽമാനോ ക്രിസ്ത്യാനിയോ ഏത് ജാതിയിലോ മതത്തിലോ ലോകത്തിൽ എവിടെപ്പെട്ട ആളുകളാണെങ്കിലും എല്ലാവർക്കും ഈ ഒരു വാഞ്ച ഈ ഒരു പ്രവൃത്തി അകമേ നടന്നുകൊണ്ടേയിരിക്കും സുഖം വേണം ദുഃഖം വന്നാൽ അത് ഇല്ലാതാക്കണം വിഷമം വന്നാൽ അത് ഇല്ലാതാക്കണം അതിനായിട്ടാണ് ലോകത്തിലെ എല്ലാ പ്രവൃത്തികളും ചെയ്യണത് ധർമ്മം അർത്ഥം കാമം ഒക്കെ തന്നെ അതിനായിട്ടാണ് ഇതൊക്കെ തന്നെ പരാജയപ്പെട്ട് കഴിയുമ്പോഴാണ് അവസാനം പരമപുരുഷാർത്ഥത്തിനായിട്ട് യത്നിച്ചു തുടങ്ങുന്നത് ബാലകൃഷ്ണ നായർ സാറ് കൂടെ കൂടെ പറയുന്ന ചില ശ്ലോകങ്ങളിൽ ഭാഗവതത്തിലെ തുടക്കത്തിലുള്ള ശ്ലോകം ധർമ്മസ്യ ഹ്യപവർഗസ് നാർത്ഥോ അർത്ഥായോപകൽപ്പത്തെയും धर्मकाभायृति स्मृत काम से लाभो जीवेतयावता जीव से तत्विज्ञा न अर्थो येह कर्म भी नाथो यशेह कर्म भी अल्पम बलतू अं चलु ധർമ്മം അർത്ഥം കാമം ഇതൊന്നും തന്നെ പരമപുരുഷാർത്ഥമാകുന്നില്ല ഇതൊക്കെ തന്നെ ലോകത്തിന്റെ ഉള്ളിലാണ് ഫീൽഡിന്റെ ഉള്ളിലാണ് ക്ഷേത്രത്തിന്റെ ഉള്ളിലാണ് അർത്ഥകാമങ്ങൾക്ക് ആർക്ക് ഉപദേശം കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചുകൊള്ളുക ധാരാളം പണം സമ്പാദിച്ചുകൊള്ളുക ആരും ഉപദേശിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും ചെയ്തോളൂ പിടിച്ചു നിർത്തിയാലും ചെയ്തോളൂ ആ പിടിച്ചു നിർത്താനുള്ള ഒരു ശ്രമമാണ് ധർമ്മം എന്ന് പറയണത് ഇതൊക്കെ കഴിഞ്ഞ് അവസാനമാകുമ്പോൾ ജീവസ് തത്വജിജ്ഞാസ ചിത്തം ശുദ്ധമായി എന്നുള്ളതിൻ്റെ ലക്ഷണം തന്നെ ഈ തത്വജിജ്ഞാസ ഉണ്ടാവുന്നതാണെന്ന് ജിജ്ഞാസ ഉള്ളിലുണ്ടാവുമ്പോൾ നമുക്ക് ദാഹിക്കുമ്പോൾ വെള്ളം കിട്ടണ പോലെ ജിജ്ഞാസ ഉള്ളിലുണ്ടാവുമ്പോ അത് പൂർത്തീകരിക്കാനുള്ള തീർത്ഥം സ്വാത്മതീർത്ഥം തരാനുള്ള ഒരു ആചാര്യൻ ഒരു ഗുരുനാഥൻ എവിടെങ്കിലുമൊക്കെ ഉണ്ടാവും അതിനാണ് സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം എന്ന് പറയുന്ന പഞ്ചമതത്വം അനുഗ്രഹം അനുഗ്രഹം ചെയ്യാൻ എപ്പോഴും ഇവിടെ ഉണ്ടാവും ആരെങ്കിലും ഉണ്ടാവും അവരുടെ ശരീരം നിലനിൽക്കുന്നത് തന്നെ ഓൺലി പർപ്പസ് അനുഗ്രഹമാണ് പക്ഷെ അവരൊക്കെ വളണ്ടറിയായിട്ട് അവരൊന്നും ചെയ്യില്ല നമ്മൾ ഉപയോഗിച്ചോളം അത്രയുള്ളൂ നിങ്ങൾ വേണമെങ്കിൽ എടുത്തോളം നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് അവര് മാറി തരില്ല വിവേകാനന്ദ സ്വാമി പറഞ്ഞു if the society has to live it has to pay homage to truth the truth will not pay homage to society satyam kandavar satyame swaroopamaitulla varanu brahmavid brahmaiwa bhavati avare ella kaalathundavum ജിജ്ഞാസുക്കളും എല്ലാ കാലത്തും ഉണ്ടാവും ജിജ്ഞാസ എന്ന് പറയണത് സ്വരൂപത്തിന്റെ സ്വഭാവമാണ് വിവേകാനന്ദൻ കൊച്ചുപയ്യനായിട്ട് നരേന്ദ്രനാഥായിട്ട് രാമകൃഷ്ണ പരമവംസരെ അടുത്ത് ചെന്ന് ഈശ്വര സാധ്യമാണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആ കഥ വായിച്ചാൽ അറിയാം നരേന്ദ്രനാഥനെ പിടിച്ചിരുത്തി രാമകൃഷ്ണദേവൻ പൂജിക്കുകയാണ് സാധാരണ നമ്മള് ഗുരുവിനെ ശിഷ്യന്മാര് പൂജിക്കുന്നതാണ് കണ്ടിട്ടുള്ളത് അവിടെ നരേന്ദ്രനാഥനെ പിടിച്ചിരുത്തി മുറിക്കകത്ത് കൊണ്ടുപോയി പൂട്ടിയിട്ട് കഴുത്തിൽ മാലയണീച്ച് ആരതി ഒഴിഞ്ഞ് നേവിച്ച് നീ സാക്ഷാത് നാരായണനാണെന്ന് പറഞ്ഞ് നമസ്കരിച്ചു രാമകൃഷ്ണ പരമാംസര നരേന്ദ്രനാഥൻ വിചാരിച്ചു ഈ പൂജാരിക്ക് നല്ല ഭ്രാന്താണ് തലയ്ക്ക് ഞാൻ മഹേന്ദ്രനാഥ് ദത്തയുടെ മകൻ എന്തോ അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് അതാണെന്ന് തോന്നും ഓർമ്മയില്ല നരേന്ദ്രനാഥ് ദത്താണ് എന്നെ നാരായണനാണ് ശിവനാണെന്ന് പറഞ്ഞ് പൂജിക്കണമെങ്കിൽ ഈ പൂജാരിക്ക് തലയ്ക്ക് സാമാന്യം സുഖം സുഖക്കേട് പിടിച്ചിട്ടുണ്ടെന്ന് തീരുമാനിക്കണമെന്നാണ് അങ്ങനെ എന്നെ വിചാരിച്ചു ഇറങ്ങി വന്ന് പുറത്തു വന്ന് കഴിയുമ്പോ അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ ഒരു കുഴപ്പവും കാണാനില്ല പിന്നീട് വിവേകാനന്ദ സ്വാമികൾ പറയണോ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഠാക്കൂർ എന്നെയല്ല പൂജിച്ചത് എൻ്റെ ഉള്ളിലുള്ള ജിജ്ഞാസയാണ് ഈശ്വരൻ ഉണർന്നു വരുന്നത് അ ഫ്ലവറിംഗ് ബ്ലോസമിംഗ് ഒരു ജീവന്റെ ഉള്ളില് ഈ ബ്രഹ്മജിജ്ഞാസ വരുമ്പോൾ ഭഗവാന്റെ ആദ്യോ അവതാര പരമേശ്വരസ്യാണ് ഈശ്വരന്റെ ആദ്യത്തെ അവതാരം എന്താണെന്ന് വെച്ചാൽ ഈ പുറമെ കാണുന്ന അവതാരമൊന്നുമല്ലാത്രേ ഉള്ളില് ഭഗവാനെ അറിയണം എന്ന് പറഞ്ഞ് ഉത്കടമായി ഉണ്ടാവുന്ന അഭിലാഷ അത് ഭഗവാന്റെ തന്നെ അവതാരമാണ് അന്തര്യാമി തന്നെ പുറമേക്ക് മാനിഫെസ്റ്റ് ആവണത്താണത് യോഗികൾക്ക് സത്യം കണ്ടെത്തിയവർക്ക് ജ്ഞാനികൾക്ക് കാണാൻ ഏറ്റവും എക്സൈറ്റ്മെന്റ് ആനന്ദം ഉണ്ടാവണത് ഈ ഫ്ലവറിംഗാണ് ബ്ലോസം ആലക്ഷ നായർ സാറെ കണ്ടിട്ടുള്ളവർക്കറിയാം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു വേറെ ഒരു വാക്കുമില്ല പലവട്ടം സാറത് പറയും രാവിലെയായാൽ ഞാൻ ഈ വാതിലങ്ങൾ തുറന്നു വയ്ക്കും ആർക്ക് വേണമെങ്കിലും വരാം ഇവിടെ നമ്മളിതേ പറയുള്ളൂ വേറെ ഒന്നും പറയാനില്ല നിങ്ങൾ ബോധമാണ് ഒരു പ്രാവശ്യം ഞാനിവിടെ സപ്താഹത്തിനോ മറ്റോ വരുമ്പോഴാണ് പോയി കാണാറ് ആദ്യമായി കണ്ടുമുട്ടിയത് ഭക്തന്മാരുടെ പലരുടെ ആഗ്രഹമാണ് സാറെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് വന്ന് അത് പറഞ്ഞപ്പോ തന്നെ ഞാൻ ബാബുവിനോട് പറഞ്ഞു ഇത് പറയേണ്ടി കിടന്നില്ല എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ചിന്ത ഉള്ളിൽ വരും അല്ലെങ്കിൽ സ്പോണ്ടനിയസ് ആയിട്ട് വരും ആദ്യമായിട്ട് ബാലകൃഷ്ണൻ നായർ സാറ് എനിക്കറിയില്ല അദ്ദേഹം ആരാ ഒന്നും എനിക്കറിയില്ല രാമകൃഷ്ണാശ്രമത്തിലെ തൃശൂര് വിവേകാനന്ദ വിജ്ഞാനഭവനത്തിൽ ഒരു പ്രഭാഷണം നടക്കുകയാണ് രാവിലെ ഉപനിഷത്തും വൈകുന്നേരം എന്താണെന്ന് ഓർമ്മയില്ല ഇപ്പോ അപ്പോ രാമകൃഷ്ണാശ്രമം പബ്ലിഷ് ചെയ്ത മനീഷാ പഞ്ചകം പുസ്തകം അത് എടുത്തിങ്ങനെ നോക്കുകയാണ് ഗംഭീരമായ ഒരു വ്യാഖ്യാനം സ്വാനുഭൂതിയുടെ രസം തുളുമ്പുന്ന വ്യാഖ്യാനം കളിഞ്ഞ ദൃഷ്ടി ഇത്രയും അനുഭവ സമ്പന്നനായി ഏത് സ്വാമിയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത് സാധാരണ രാമകൃഷ്ണാശ്രമം പുസ്തകം എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണല്ലോ എന്ന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കി കവറില് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ എന്ന് കണ്ടു ആ പേരിനും ഈ ഭാഷ്യ വ്യാഖ്യാനത്തിനും ലൗകികമായിട്ട് നോക്കിയാൽ സംബന്ധമൊന്നും കാണുന്നില്ല അത് രാമകൃഷ്ണാശ്രമം പബ്ലിക്കേഷനാണ് അപ്പൊ ഞാൻ ചെന്ന് അന്നുണ്ടായിരുന്ന സ്വാമിയോട് ചോദിച്ചു ഇത് ആരാത ഈ പുസ്തകം വ്യാഖ്യാനിച്ചിരിക്കുന്ന ഈ മഹാത്മാവ് ആരാണ് അപ്പൊ സ്വാമി എന്നോട് പറഞ്ഞു അദ്ദേഹം ഒരു വലിയ വേദാന്താചാര്യനാണ് പഴയകാലത്ത് പാലക്കാട് വിജ്ഞാനരമണീയത്തിലും ഞാനപ്പൊ വിജ്ഞാനരമണീയത്തിലും പ്രഭാഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ അന്നവര് പിന്നീട് അവരോട് ധാരാളം പറഞ്ഞു ഇവിടെ സാർ ആദ്യം എവിടെയാണോ വന്ന് രാമകൃഷ്ണാസനം സ്വാമിയോട് പറഞ്ഞു ചെന്ന് കാണേണ്ട ഒരു മഹാത്മാവാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കേണ്ടതാണ് അനുഭവത്തിൽ നിന്നുള്ള വാക്കാണ് ഒരു തികഞ്ഞ വേദാന്ത ആചാര്യനാണ് ഇത്രയാണ് അദ്ദേഹത്തിനോട് പറഞ്ഞത് അത് എക്സാക്ട് വേഡ് അത്രയേ ഉള്ളൂ അതേസമയം അതൊരു ഈശ്വര നിയോഗം പോലെ തൃശൂരുണ്ടായിരുന്ന വേണു എന്ന് പറയുന്നത് അദ്ദേഹം ഇപ്പോ മരിച്ചുപോയി സാറുടെ വലിയൊരു ഭക്തനായിരുന്നു അന്നൊരു പതിനഞ്ച് ശ്ലോകമായിട്ടൊരു പുസ്തകം എഴുതിയിരുന്നു ഞാൻ വേദാന്ത അനുസന്ധാനമാല എന്ന് പറഞ്ഞിട്ട് അതിൽ ആ പുസ്തകം കൊണ്ടുവന്ന് സാറുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തിരിക്കണം അത് കുറച്ചു ദിവസം കഴിഞ്ഞതും സാർ പാലക്കാട് പ്രഭാഷണത്തിന് വരികയും ചെയ്തു അപ്പൊ പറഞ്ഞു എന്നോട് ആദ്യത്തെ ശ്ലോകം വായിച്ചപ്പോ തന്നെ ഞാനൊന്ന് കാണണമെന്ന് വിചാരിച്ചു എന്നോ എന്താന്ന് വെച്ചാൽ സാറുടെ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല പക്ഷെ ആദ്യത്തെ ശ്ലോകത്തില് ബോധരൂപമഹം വന്ദേ കോഹമിത്യനുശീലനാഥ് എന്നൊരു വാക്കുണ്ട് സാറുടെ പുസ്തകം മുഴുവൻ ബോധം ബോധം ബോധം എന്നുള്ള വാക്കാണ് അപ്പൊ സാറ് പറഞ്ഞു ആദ്യത്തെ ശ്ലോകം കണ്ട അപ്പൊ കാണെന്ന് വിചാരി ഒന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു അങ്ങനെയാണ് ആദ്യമായിട്ട് കണ്ട് സാറ് രാവിലെ സദർശനവും വൈകിട്ട് ഭാഗവതവും പറയായിരുന്നു പാലക്കാട് ഒരു പുതിയ രീതിയില് ഭാഗവതം കേൾക്കായിരുന്നു അന്ന് അട്ടെ അപ്പോ വിഷയത്തിലേക്ക് വരാം എപ്പോഴും തന്നെ അവൈലബിൾ ആക്കുകയാണ് രമണ മഹർഷി രാത്രി പോലും വാതിലടയ്ക്കാൻ സമ്മതിക്കില്ല നല്ല തണുത്ത കാറ്റടിക്കുന്നു ഭഗവാൻ വാതിലടച്ച് വയ്ക്കട്ടെ എന്ന് ചോദിച്ചാൽ തുറന്നു വയ്ക്കും ആരെങ്കിലും വരും രാത്രി ആര് വരാനാണ് ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ കയറി സ്വാനുഭവം നേടിയ മുക്തപുരുഷന് ആ ശരീരം നിൽക്കുന്നതിന് ഒരു പ്രയോജനമേ ഉള്ളൂ ആരെങ്കിലും പ്രയോജനപ്പെടും എന്നാണ് ആരെങ്കിലും ഒരിക്കൽ കേൾക്കാൻ വേണ്ടി കാത്തുകൊണ്ടിരിക്കും ഭാഗവതത്തിലെ പൃഥ്വമഹാരാജാവ് പറയണു എവിടെയോ സ്വാനുഭവ സമ്പന്നനായൊരു ജ്ഞാനി തന്റെ സ്വാനുഭൂതിയെ പുറമേക്ക് വാക്കുകളിലൂടെ പറയുന്നുണ്ടെങ്കിൽ വാക്കുകളിൽ തട്ടിക്കൊണ്ടുവരുന്ന കാറ്റേറ്റാ പോലും ആത്മജ്ഞാനുണ്ടാവും ആത്മസാക്ഷാത്കാരം ഉണ്ടാവുമെന്ന് സുധാകണാനില സ്മൃതിം പുനഃ യച്ഛതി വിസ്മൃത തത്വവർത്മനാം മറന്നുപോയ തത്വജ്ഞാനം ഉദ്ബുദ്ധമാകും ആത്മാനുഭവം എല്ലാവരുടെ ഉള്ളിലുണ്ടേ അതൊന്ന് ഓർമ്മിപ്പിക്കുക ഗുരു എന്തിനാന്ന് വെച്ചാൽ ഓർമ്മിപ്പിക്കാനാണ് നമ്മൾ മറന്നു പോയിരിക്കണു വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഗുരു ഒരു വലിയ പ്രഭാഷണത്തിന്റെ ആവശ്യമൊന്നുമില്ല ഒരു പ്രാവശ്യം പലവട്ടം സാറുടെ ആരെങ്കിലും ഭക്തന്മാർ വന്ന് ഇവിടെ വന്ന് സപ്താഹമോ എന്തെങ്കിലും നടക്കുമ്പോൾ വിളിച്ചുകൊണ്ട് പോവും ഒരു പ്രാവശ്യം പോയപ്പോ സാറിങ്ങനെ തോള്ളു പിടിച്ചിട്ട് എന്നോട് ഒരൊറ്റ കാര്യം പറഞ്ഞോളൂ അദ്വിതീയം വേറെ ഒന്നും മിണ്ടില്ല ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് നേരം അത് പറഞ്ഞിട്ട് അങ്ങനെ തോളു പിടിച്ച് നോക്കി നോക്കി നോക്കി ആസ്വദിക്കുകയായിരുന്നു എന്തെങ്കിലും നമ്മൾ വളരെ എക്സൈറ്റിംഗ് ആയിട്ട് വലതും കണ്ടാസ്വദിക്കില്ലേ അതുപോലെ ആസ്വദിക്കുകയായിരുന്നു നോക്കി നോക്കി ആസ്വദിച്ച് മഹാഭാഗ്യം മഹാഭാഗ്യം ഇത്രേ പറഞ്ഞുള്ളൂ വേറെ ഒന്നുമില്ല ഏകമേവ അദ്വിതീയം ആചാര്യസ്വാമികൾ ഒരിടത്ത് പറയേണ്ടത് ഇത് ഒരു പ്രാവശ്യം കേട്ടാൽ മതി എന്നാണ് ഏകമേവ അദ്വിതീയം ഇത് ഗുരുവാക്യേ ഹി സുനിശ്ചിതം ഏതത് ഏകാന്തമിത്യുക്തം മഠോന വനാന്തരം ഒരു മഠത്തിന്റെ ഉള്ളിലോ കാട്ടിന്റെ ഉള്ളിലോ എവിടെയെങ്കിലും മലയുടെ മുകളിലേക്കോ ഒന്നും ഏകാന്തം അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല ഒരു സദ്ഗുരു ഏകമേവ അദ്വിതീയമെന്നൊരു പ്രാവശ്യം പറയണത് കേട്ടാൽ ആ സ്വരൂപനിഷ്ഠ ഉണ്ടാവുകയാണെങ്കിൽ മഠമോ കാടോ കാനനമോ ഒന്നും ആവശ്യമില്ല നിങ്ങൾ ജനാവലികൾക്ക് തന്നെ ഏകാന്തമാണ് ജനകൻ പറഞ്ഞു ജനങ്ങളുടെ കൂട്ടത്തില് ബഹളത്തിന് നടുവിൽ ഞാൻ കൊടുങ്കാടുപോലെ ഏകാന്തത്തിലിരിക്കുകയാണെന്നാണ് അഹോ ജനസമൂഹേ നദ്വൈതം പശ്യത്തോ അരണ്യമിവ സംവൃത്തം കൊരതിം കരവാണ്യഹം ജനക്കൂട്ടത്തിന്റെ നടുവിൽ പോലും ദ്വൈതം കാണാത്തത് നല്ല കൊടുങ്കാടു പോലെ മൗനമാണ് നിശ്ചലമാണ് അപ്പോ ഈ ഒരു വാക്ക് ഒരു സദ്ഗുരുവിൽ നിന്ന് കേൾക്കാൻ വേണ്ടി മാത്രമാണ് ആ സദ്ഗുരുവിന്റെ ശരീരം ലോകത്തിൽ നിൽക്കണത് അവർക്കും അത് നല്ലവണ്ണം അറിയാം അവർക്ക് ലോകത്തുനിന്ന് ഒന്നും കിട്ടാനില്ല ഒന്നും നേടിയെടുക്കാനില്ല പേരും പ്രസിദ്ധിയും പുസ്തകമെഴുതലും സ്ഥാനമാനങ്ങളും ഒക്കെ തന്നെ അവർക്ക് ഉള്ളിൽ അനുഭൂതിയോട് തുലനം ചെയ്ത് നോക്കുമ്പോ തുച്ഛമാണ് ഒക്കെ പ്രശ്നങ്ങളാണ് ഇതൊന്നും അവർക്ക് വേണ്ട കാരണം ഉള്ളിലുള്ള ശാന്തി എല്ലാറ്റിനേക്കാളും മേലെയാണ് ആ ശാന്തി നിരന്തരം അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു മഹാപുരുഷനാണ് തിരുവനന്തപുരത്ത് അനേക വർഷങ്ങൾ ഉണ്ടായിരുന്നത് ആ പാൽക്കുളങ്ങര പോയി ചോദിച്ചാൽ പോലും പലർക്കും അറിയില്ല വീട്ടിന്റെ അടുത്ത് പോയി അന്വേഷിച്ചാൽ പോലും പലവട്ടം എനിക്ക് ഈ സ്ഥലഭ്രമം കുറെ കൂടുതലാണ് അതുകൊണ്ട് പലരും കൂടെ പോയി പുതിയതായിട്ട് ആരെങ്കിലും വിളിച്ചുകൊണ്ട് പോയാൽ പോലും സ്ഥലം കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അറിയാൻ വളരെ വിഷമാണ് അവരെപ്പോഴും അവൈലബിൾ ആണ് അവരെ നമ്മൾ ഉപയോഗിക്കാൻ നമുക്കറിയണം അപ്പോ നമുക്ക് ശാന്തി വേണം സുഖം വേണം പൂർണ്ണത്വം വേണം എങ്ങനെ കിട്ടും ഉപനിഷത്ത് പറഞ്ഞു തമേവൈക്കം ജാനഥ ആത്മാനം അന്യാവാചോ വിമുഞ്ചഥ അമൃതശേഷ സേതു സ്വയം തന്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്നറിയാം ബാക്കിയൊക്കെ വിട്ടുകളയ്യാന്നാണ് അന്യാവാചോ വിമുഞ്ചഥ അമൃതശേഷ സേതു നീ മറ്റു പലതും ഒന്നും അറിയേണ്ട ആവശ്യമില്ല തന്നെ താൻ അറിയാം നമുക്ക് ഏറ്റവും ആശ്ചര്യം നമ്മൾ നമ്മളെ മറന്നുപോയി അതുകൊണ്ട് നമ്മളെ പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈശ്വരൻ ഇറങ്ങി വരണത് എന്നാണ് ശങ്കരാചാര്യരുടെ അവതാരത്തിനെക്കുറിച്ച് പറയണത് എങ്ങനെയാണ് അജ്ഞാനാന്തർഗഹന പതിത്താൻ ആത്മവിദ്യോപദേശ ത്രാത്തും ലോകാൻ ഭവതവശിഖാ താപാപ്യമാനാൻ മുക്വാനം വടവിടപിനോ മൂലത്തോ നിഷ്പതീ ശംഭോർമൂർത്തിരതി ഭുവനെ ശങ്കരാചാര്യൂപ ശിവൻ തന്നെ ഇറങ്ങി വന്നു മൗനം വിട്ടിട്ട് വർത്തമാനം പറയാൻ തയ്യാറായിട്ട് വന്നു എന്നാണ് മുക്വാ മൗനം വടവിടപിനോ മൂലത്തോ നിഷ്പതീ ദക്ഷിണാമൂർത്തി തന്നെ വടവിടപി സമീപേ ഭൂമിഭാഗേ നിഷണ്ണം എന്തിനാ വന്ന് എന്ന് വെച്ചാൽ ആത്മവിദ്യോപദേശൈഹി ത്രാത്തും നമുക്ക് ഒന്നിന്റെ കുറവേ ഉള്ളൂ ദശമന്യായം എന്ന് പറയും സാർ ഈ കൊച്ചു പുസ്തകത്തിൽ പോലും ആ കഥ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ യജ്ഞപ്രസാദമായിട്ട് ആ പുസ്തകം തരും ഏകശ്ലോക്കി അതിൽ പറയേണ്ടത് പ്രസിദ്ധമായ കഥയാണ് ഒമ്പത് പേര് ആറ് കടന്നുപോയി പത്ത് പേര് ആറ് കടന്നു നല്ല ബുദ്ധിശാലികളാണ് അതുകൊണ്ട് ഒരു സംശയം വന്നു ആരെങ്കിലും വെള്ളത്ത് പോയിട്ടുണ്ടോ എന്ന് എണ്ണി നോക്കണം എണ്ണി നോക്കിയപ്പോ ഒമ്പത് പേരെ ഉള്ളൂ ഓരോരുത്തരും പറഞ്ഞു നീ എണ്ണടാന്ന് പറഞ്ഞു ഓരോരുത്തനും എണ്ണി ഒമ്പതാളെ ഉള്ളൂ എല്ലാവരും എണ്ണുമ്പോ അവനവനെ വിട്ടിട്ടാണ് എണ്ണത്തെ അവസാനം വഴിപ്പോക്കൻ ഒരാൾ വന്നിട്ട് ചോദിച്ചു എന്തിനാ കരയണേ അല്ല അപ്പോ ഒരാൾ വെള്ളത്തിൽ പോയി നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു ഞങ്ങൾ പത്ത് പേര് ഇപ്പോഴൊപ്പൊ ഒമ്പതേ ഉള്ളൂ എണ്ണു പറ നോക്കട്ടെ എന്ന് പറഞ്ഞു അയാളുടെ എണ്ണി എണ്ണിയപ്പോ പറഞ്ഞു ഒമ്പതേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പം വഴിപ്പോക്കൻ മനസ്സിലാക്കി ഇവർ ചെയ്യണ തെറ്റ് പറഞ്ഞു ഇരിക്കൂ ഞാൻ എണ്ണോ എന്ന് പറഞ്ഞു എന്നിട്ട് ഒരു കോലെടുത്ത് പ്രഥമഹാത്വമസി ദ്വിതീയഹാത്വമസി തൃതീയഹാത്വമസി ചതുർത്ഥഹാത്വമസി എന്ന് ഓരോ കിഴുക്ക് കൊടുത്തു അവസാനം ദശമസ്വമസി എന്ന് പറഞ്ഞു പത്താമം നീയാണോ എന്നാണ് അയ്യോ എന്നെയാണോ നഷ്ടപ്പെട്ടിരുന്നത് നിങ്ങൾ വലിയ മഹാത്മാവാണ് വീട്ടുപോയാ എന്തു പറയും എന്നെയാണോ നഷ്ടപ്പെട്ടിരുന്നത് ഇതുപോലെയാണ് ഗുരു കാണിച്ചു തരുമ്പോ നീ വിട്ടുപോയ ഒരേ ഒരു കണക്ക് നീയാണ് നമ്മളുടെ സയൻസും ആധുനിക ശാസ്ത്രവും ചിന്തകന്മാരും ഒക്കെ ചെയ്യണ കുഴപ്പം അതാണ് അവനവനെ വിട്ടിട്ടാണ് എണ്ണത് ഗോഡ് പാർട്ടിക്കിളിന് വേണ്ടി ഇപ്പൊ കൊളൈഡർ വെച്ച് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടിക്കുന്നില്ല അത് ഇടിച്ചു കഴിഞ്ഞാൽ ലോകം നശിക്കൂ എന്നാണ് ചിലരുടെ പേടി ഇങ്ങനെ പല വിഷമങ്ങൾ ലോകത്തിൽ പലവിധ കാർട്ടൂൺ ഷോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വെറും കാർട്ടൂൺ ഷോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗാഡ് പാർട്ടിക്കിളിനെ പുറത്തന്വേഷിക്കുകയാണ് അന്വേഷിക്കണവൻ തന്നെ വിട്ടു അന്വേഷിക്കണവൻ തന്നെ വിട്ടു തന്നെ വിട്ടിട്ടാണ് ബാക്കി പദാർത്ഥങ്ങളെ മുഴുവൻ അന്വേഷിക്കണത് ഇന്നലെ ഒരാൾ ഒന്ന് അങ്ങനെ പറയായിരുന്നു ഹാർട്ട് ആർക്കോ നിന്നുപോയി കുറച്ചു നേരത്തേക്ക് പിന്നെ അത് ഡോക്ടേഴ്സ് വേണ്ട വിധത്തിൽ അതിനൊക്കെ ചെയ്ത് ഇളക്കി വിട്ടു ഒരു പത്ത് മിനിറ്റിന് ശേഷം അപ്പൊ ഈ ആള് ഡോക്ടറുടെ ചോദിച്ചു സാധാരണ നമ്മളൊക്കെ സാധാരണ മനുഷ്യര് വിചാരിക്കുന്നത് മരണം എന്ന് വെച്ചാൽ ഹാർട്ട് നിന്നു പോകലാണ് എന്നാണ് വിചാരിക്കണത് അപ്പൊ തന്നെ പറയണു പത്ത് മിനിറ്റ് നിന്നു പോയി എന്ന് പറയണു പിന്നെ ഇളക്കി വിട്ടപ്പോ ജീവിക്കുന്നുണ്ടെന്ന് പറയണു അപ്പൊ വാട്ട് ഈസ് ഡെത്ത് ഞങ്ങൾക്കറിയില്ല ഹാർട്ട് ലിവർ കിഡ്നി എല്ലാം മാറ്റിവെക്കാമെന്നാണ് അപ്പൊ അവര് തന്നെ പറയണത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ പക്ഷെ ഇതിനൊക്കെ പുറകിൽ ഇരുന്നു കൊണ്ട് ഏന രൂപം രസം ഗന്ധം ശബ്ദാൻ സ്പർശാൻശ്ച മൈഥുനാൻ ഏതേനൈവ വിജാനാതി കിമത്ര പരിശിഷ്യത്തെ ഏതൊന്നാണ് ഇരുന്നു കൊണ്ട് രൂപം രസം ഗന്ധം ശബ്ദം സ്പർശം ഒക്കെ അറിയണത് ഏതിന്റെ സാന്നിധ്യം കൊണ്ടാണ് ഹൃദയം പ്രവർത്തിക്കണത് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കണത് ശരീരം പ്രവർത്തിക്കുന്നത് ആ അനുഭൂതി കേന്ദ്രം നമ്മളുടെ സ്വസ്വരൂപമായി ഇരുന്നു കൊണ്ടുപോലും ശ്രദ്ധ അതിൽ പോണല്ല ആ ശ്രദ്ധയെ അവിടെ തിരിച്ചുവിടാനുള്ള ഒരു വിഭൂതിയാണ് പുറമേക്ക് ഗുരു ആ ഒരു വിഭൂതി കൂടാതെ നമ്മളുടെ ശ്രദ്ധ അങ്ങനെക്ക് തിരിയില്ല ബാക്കി എല്ലാ വസ്തുക്കളെയും നോക്കിക്കൊണ്ടിരിക്കും നമ്മളെ നോക്കില്ല ആത്മാനുഭവം പോലും നേടേണ്ട ആവശ്യമില്ല ആത്മാനുഭവം ഇല്ലാത്ത ആളുകൾ ആരുമില്ല എല്ലാവർക്കും ആത്മാനുഭവമുണ്ട് ഞാൻ പറയണതല്ല വേദം പറയണു യ സാക്ഷാത് അപരോക്ഷം ബ്രഹ്മ ആത്മാ സർവാനുഭൂഹു എന്നാണ് എല്ലാവരും അനുഭവിക്കണമെന്നാണ് സർവാനുഭൂഹു അനുഭവിക്കാത്ത ആളുകളെ ഇല്ല അജ്ഞാനികളെ ലോകത്തിലില്ല സൂര്യനിൽ ഇരുട്ടു നിൽക്കുമോ സൂര്യനെ എത്ര പറഞ്ഞു കൊടുത്താൽ ഇരുട്ടെന്നുള്ളത് മനസ്സിലാവുകയില്ല അതുപോലെ ആത്മാവിൽ അജ്ഞാനം എന്നുള്ളതിന് നിലനിൽപ്പേയില്ല സുഖം എന്നുള്ളത് നമ്മളുടെ സ്വരൂപമാണ് ദുഃഖിക്കണം എന്ന് വിചാരിച്ച് നമ്മൾ ദുഃഖിക്കുകയാണ് ദുഃഖം വാസ്തവത്തിലെ നമ്മളുടെ അകത്ത് നമ്മളുടെ സ്വരൂപത്തിലില്ല എന്താണ് അതിന് തെളിവ് എന്ന് വെച്ചാൽ ദിവസം അനുഭവിക്കുന്ന സുഷുപ്തി സമാധി എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിച്ചിട്ടില്ല എന്ന് പറയും ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ ആവോ അതെന്താ നമുക്ക് അറിയില്ല എന്ന് പറയും ഈശ്വര സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല ആത്മാർക്ക് പറഞ്ഞാലും ചിലരൊക്കെ ചോദിക്കണത് അത് എന്താ ഒരു ലൈറ്റ് പോലെ ഉള്ളിൽ ഇങ്ങനെ കാണുമോ ചില ആളുകൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആത്മാ എന്ന് പറയുന്നത് ലൈറ്റാണ് നിങ്ങൾ കണ്ടുകൊള്ളുക ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയില്ല എന്ന് പറയാം പക്ഷെ സുഷുപ്തി സ്വപ്നം കാണാതെയുള്ള ഉറക്കം സത്സംഗം തുടങ്ങുമ്പോ ചിലർ അതിലേക്ക് പ്രവേശിക്കും സ്വപ്നം കാണാതെയുള്ള ഉറക്കം സുഷുപ്തി സുഷുപ്തി എന്ന് പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാവില്ല ഇപ്പോ നമുക്ക് വിഷമത്താണ് തമിഴ്നാട്ടിൽ വളരെ ബുദ്ധിമുട്ടാണ് എന്താണെന്ന് വെച്ചാൽ സംസ്കൃതം വാക്ക് പ്രയോഗിച്ചാൽ പിന്നെ നമുക്കത് ട്രാൻസ്ലേഷൻ ചെയ്യേണ്ടി വരും അപ്പൊ സുഷുപ്തി എല്ലാവരുടെയും അനുഭവമാണ് ജാഗ്രതത്തിൽ നിങ്ങൾക്ക് സുഖുണ്ട് ദുഃഖമുണ്ട് നിങ്ങളിത് ശ്രദ്ധിച്ച് കേട്ടാലേ മതി നിങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല നിങ്ങളുടെ പൂർണ്ണത്വം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടേല ജാഗ്രതത്തിൽ സുഖുണ്ട് ദുഃഖുണ്ട് സ്വപ്നത്തിലും സുഖമുണ്ട് ദുഃഖമുണ്ട് സുഷുപ്തിയിലും സുഖവും ദുഃഖവും ഉണ്ടോ ദുഃഖത്തിന് പ്രവേശനമില്ലാത്ത സർവത്തോ ഭദ്രമായ ഒരു സ്ഥാനാണത് ദുഃഖം ജാഗ്രത സ്വപ്നത്തോട് അവസാനിച്ചു ഏറ്റവും വിഷമിക്കുന്ന ദിവസം പോലും സുഷുപ്തിയിൽ ആ ദുഃഖത്തിനെയും കൊണ്ട് പ്രവേശിക്കാൻ പറ്റില്ല കയ്യും കാലുമൊക്കെ മുറിഞ്ഞു കിടക്കുന്ന ആൾക്ക് പോലും സുഷുപ്തിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതിന് വേദനയൊന്നും അറിയില്ല ഒരാഗ്രഹവും അവിടെ ഇല്ല അവിടെ ആണല്ല പെണ്ണല്ല ബ്രാഹ്മണനല്ല ക്ഷത്രിയനല്ല വൈശ്യനല്ല ശൂദ്രനല്ല ഹിന്ദുവല്ല മുസൽമാനല്ല മനുഷ്യനോ മൃഗമോ അല്ല ഉപനിഷത്ത് തന്നെ ഇതൊക്കെയാണ് നിരത്തി പറയണത് സ്തേന അസ്തേനോ ഭവതി ഭ്രൂണ ഭ്രൂണ ഭവതി മാതാ അമാതാ ഭവതി പിതാ അപിതാ ഭവതി എല്ലാവർക്കുമുള്ള അനുഭവമാണ് സുഷുപ്തി അത് അനുഭവമാണെന്നുള്ളതിന് തെളിവെന്താന്ന് വെച്ചാൽ എഴുന്നേൽക്കുമ്പോ കുറച്ചു നേരം കൂടെ പോയാ വേണ്ടില്ല എന്ന് എല്ലാവർക്കും തോന്നുന്നുണ്ട് അല്ലേ എല്ലാവർക്കും എല്ലാവർക്കും ലോകത്തിൽ എവിടെയുള്ള ആർക്കും ആസ്വാദ്യമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഒരു പക്ഷേ ആറു മണിക്ക് എഴുന്നേക്കാണതിന് പകരം മണിക്ക് എഴുന്നേറ്റാൽ വാച്ചു നോക്കിയാൽ ഇനിയൊരു മൂന്ന് മണിക്കൂറുണ്ട് എന്ന് കാണുമ്പോൾ ഒരു സന്തോഷമുള്ള ഒരു ആ സന്തോഷത്തിനെ നോക്കവും നിങ്ങൾക്ക് ആത്മസാക്ഷാത്കാരം ഉണ്ടാവണത് പുതിയതായിട്ട് എന്തെങ്കിലും ഉള്ളിലേക്ക് കടത്തിയിട്ടല്ല നിങ്ങളുടെ ഉള്ളിലുണ്ടാവണ ഈ സ്ഫൂർത്തികളെയൊക്കെ ശ്രദ്ധിച്ചാൽ മതി എന്തുകൊണ്ട് ഈ സന്തോഷം വരുന്നുണു എന്ന് ചോദിച്ചാൽ മതി നിങ്ങൾ പുതിയതായിട്ടൊന്ന് ചിന്തിച്ച ഉള്ളിൽ കടത്തേണ്ട ആവശ്യം പോലുമില്ല സ്പോൺറ്റേനിയസ് ആയിട്ട് വരുന്ന ഒരു ഒരു ഇൻഫ്ലക്സ് ആണത് എല്ലാവർക്കും ഇനി മൂന്ന് മണിക്കൂർ ഉണ്ടോ എന്ന് പറഞ്ഞു ചിന്തിക്കുന്നതിന് മുമ്പ് മിനിറ്റ് നിന്ന് ചോദിക്കാം എന്തുകൊണ്ട് എനിക്ക് ഈ ജാഗ്രതനെ അപേക്ഷിച്ച് അവിടെ പ്രിഫറൻസ് ഉണ്ടാവണം ജാഗ്രത്തിൽ അനേക വസ്തുക്കളുണ്ട് അവിടെ അനേക വസ്തുക്കളില്ല ജാഗ്രതത്തിൽ ഞാനൊരു വ്യക്തിയാണ് അവിടെ ഞാൻ ഒന്നുമല്ല ജാഗ്രതത്തിൽ എനിക്ക് പദവികളും പ്രമോഷനും പണവും കല്യാണവും മക്കളും ജനനവും മരണവും ഒക്കെ ഉണ്ട് ഇവിടെ സുഖം ധാരാളം കിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്ന പലതും കിട്ടും അവിടെ അതൊന്നും കിട്ടാൻ പോകണില്ല അവിടേക്ക് പോകുമ്പോ ശരീരവും ലോകവും എന്റെ വ്യക്തിത്വവും ഞാൻ ഉപേക്ഷിക്കണോ എന്നിട്ടും ശരീരമില്ലാത്ത ലോകമില്ലാത്ത പേഴ്സണാലിറ്റി ഇല്ലാത്ത മനസ്സ് ഇല്ലാത്ത അച്ചീവ്മെന്റ് അറ്റൈൻമെന്റ് സക്സസ് ഒന്നുമില്ലാത്ത ഈശ്വരൻ പോലും ഭക്തി ഇല്ലാത്ത ഈശ്വരൻ ഇല്ലാത്ത ആ അവസ്ഥയ്ക്ക് എന്തുകൊണ്ട് നമ്മൾ വോട്ട് ചെയ്യണു കാരണം യേശസമ്പ്രസാദ ശ്രുതി പറയണത് അവിടെ സമ്പ്രസന്നനാവണം സ്വമപീതോ ഭവതി ബ്രഹ്മസമ്പന്നോ ഭവത്തി അവിടെ ആത്മാവിൽ ആത്മാവായ അന്യമായ ഒരു വസ്തു ഇല്ലാതെ ഇരിക്കണു എന്നാ പിന്നെ മതിയോ ഈ മെനക്കെടൊന്നും വേണ്ടാലോ നല്ല എളുപ്പത്തിൽ പോയി അങ്ങോട്ട് കിടന്നങ്ങോട്ട് ഉറങ്ങിയാൽ നമുക്ക് ആത്മസാക്ഷാത്കാരം ഉണ്ടാവുമോ ഉണ്ടാവില്ല ആത്മസാക്ഷാത്കാരം വേറെ ആത്മാനുഭൂതി വേറെ ആത്മാനുഭൂതി തന്നെയാണ് അവിടെ ഉണ്ടാവണത് പക്ഷേ അതൊരു നാച്ചുറൽ സ്റ്റേറ്റ് ആണ് അത് ഈശ്വരന്റെ കൃപയാണെന്ന് വേണമെങ്കിൽ പറയാം എന്നുവെച്ചാൽ നിങ്ങൾക്ക് സ്വന്തമല്ല നാച്ചുറൽ ആയിട്ടുള്ളതൊന്നും നമുക്ക് സ്വന്തമല്ല നമ്മളൊക്കെ നാച്ചുറൽ ആവണം നാച്ചുറൽ ആവണം എന്നാ പറയണത് നാച്ചുറൽ ആയിട്ടുള്ളതൊന്നും നമ്മളുടെ കയ്യിലില്ല മഴ നാച്ചുറൽ ആണ് വെയിൽ നാച്ചുറലാണ് അത് മഴ പെയ്യുമ്പോൾ പെയ്യും വെയിലടിക്കുമ്പോൾ അടിക്കും നമുക്ക് കിട്ടിയിട്ടില്ല സുഷുപ്തി നാച്ചുറലാണ് അതുകൊണ്ട് അത് വരുമ്പോൾ വരും വാർദ്ധക്യാവന്തോറും അതിൻ്റെ ഓർമ്മകളെ കുറഞ്ഞു പോകും ചിത്തവൃത്തികൾ മാത്രമേ നമുക്ക് ഓർമ്മ വരുള്ളൂ ആ ഡീപ് സ്റ്റീപ് ആ ഡെപ്ത് ഉള്ളിൽ എങ്കിലും കുറച്ചു നേരം നമ്മളതിൽ നിൽക്കും അതില്ലെങ്കിൽ നമ്മൾ ജീവനോടെ തന്നെ ഇരിക്കില്ല ദിവസം ആ സോഴ്സിൽ പോയി മൂലത്തിൽ പോയി ഒന്നെങ്ങനെ ലയിച്ച് താനായി മാത്രം ഇരുന്ന് നഗ്നമായിട്ട് ഇരുന്നിട്ട് വരുന്ന ഒരവസ്ഥയാണത് എല്ലാവരും അതിൽ മാത്രം ഒരു ഭേദമില്ല ജ്ഞാനിക്ക് മാത്രമുള്ള അനുഭവമല്ല സന്യാസിക്ക് മാത്രമുള്ള അനുഭവമല്ല എല്ലാവർക്കും ആ ഒരു അവസ്ഥയില് ഉപാധിവിഹീനമായിട്ട് ഇരിക്കാനുള്ള ഒരു ചാൻസ് കിട്ടുന്നുണ്ട് പക്ഷെ ആ അനുഭവം നാച്ചുറലാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയണത് കോൺഷ്യസ് ആണ് ബോധപൂർവം നേടേണ്ടതാണ് ആ അവസ്ഥ നമുക്കൊരു കാര്യം കാണിച്ചു തരണു സുഖം നമ്മളുടെ സ്വരൂപമാണ് സുഖം നേടിയെടുക്കേണ്ടതല്ല സുഖം ഞാൻ ഉണ്ടെങ്കിലേ ഉള്ളൂ എന്നുള്ളതില്ല പ്രജാപതിക്ക് ഇന്ദ്രൻ കാണിച്ചു കൊടുത്തപ്പോ ഇന്ദിരൻ അവസാന സുഷുപ്തി വരെ വന്നു അപ്പൊ ഇന്ദിരൻ പറഞ്ഞു അയ്യേ അവിടെ ഞാനെന്നുള്ളതും ഇതെന്നുള്ളതും ഇല്ലല്ലോ എന്നാണ് ഞാനെന്നും ഇതെന്നുള്ള ഒന്ന് ഇല്ല ഒക്കെ നശ്വരം ശൂന്യം പോലെ അപ്പോ ഭാഷകാരൻ പറയുന്നുണ്ട് ദോഷ സ്വൽപ്പോ അവശിഷ്ട എന്നാണ് കുറച്ചൊരു ദോഷമുണ്ട് ഇയാളുടെ ഉള്ളിൽ എന്താന്ന് വെച്ചാൽ ഇയാൾ ധരിക്കണത് ഞാനൊരാൾ നിന്നിട്ട് വേണം സുഖിക്കാൻ എന്നാണ് ആ സുഷുപ്തി അവസ്ഥയിൽ നിന്നും ഉണർന്ന് ജാഗ്രതയിൽ വരുമ്പോ ഞാൻ എന്നുള്ളത് ഉദിച്ചു മനസ്സ് വിരിഞ്ഞു പ്രപഞ്ചം കണ്ടു നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുകയും ചെയ്തു അനുഭവം ഉണ്ടായാലും പോരാം ഞാനുണ്ടായില്ല നമ്മൾ എഴുന്നേക്കുമ്പോ ഒരു കാര്യം പറഞ്ഞു സുഖമായിരുന്നു ഒന്നും അറിഞ്ഞില്ല എന്നാണ് രുന്നു എന്ന് പറയണത് ഡയറക്ട് എക്സ്പീരിയൻസാണ് ഒന്നും അറിഞ്ഞില്ല എന്ന് പറയണത് ബുദ്ധിയുടെ വാക്കാണ് അതായത് ബുദ്ധിക്ക് അവിടെ പ്രവേശമില്ലാത്തതുകൊണ്ട് ബുദ്ധി പറയണു അവിടെ എന്താണെന്ന് എനിക്ക് പിടികിട്ടിയില്ല സുഖമോ എന്റെ സ്വരൂപമാണ് സ്വാഭാവികമാണ് ഈ സ്വാഭാവികമായ സുഖത്തിനെ നിങ്ങൾ നേടിയെടുക്കേണ്ട ആവശ്യമില്ല പുറമേ വേണ്ട ഈ സ്വാഭാവികമായ സുഖത്തിനെയാണ് നമ്മൾ അന്വേഷിക്കുന്നത് സിദ്ധമായ സുഖത്തിനെയാണ് നമ്മൾ അന്വേഷിക്കുന്നത് ആദ്യതൊരു കാര്യം സ്വീകരിക്കാം സുഖം പുറമേ നേടിയെടുക്കേണ്ട ആവശ്യമില്ല നമ്മളുടെ സ്വരൂപമാണത് ഞാൻ എന്ന് പറയണതിന്റെ ഉണ്മയായ അർത്ഥമാണത് ഞാൻ ഞാൻ എന്ന് പറയുന്ന ഈ വ്യക്തിത്വം സുഷുപ്തിയിലില്ല േ ശങ്കരാചാര്യര് കൊച്ചു കുട്ടിയായി ഗോവിന്ദ ഭഗവത്പാദരുടെ മുമ്പിൽ പോയി ഗോവിന്ദ ഭഗവത്പാദർ ചോദിച്ചു കുട്ടി നീ ആരാണെന്ന് ചോദിച്ചു എട്ടു വയസ്സ് പയ്യൻ ഒന്ന് ആലോചിച്ചു നോക്കൂ സത്യത്തിന് വേണ്ടിയുള്ള ജിജ്ഞാസ ദാഹം അല്ലെ നമുക്ക് എട്ടുമണി കഴിഞ്ഞാൽ ഒരു പത്ത് വട്ടം വാച്ചു നോക്കും ഓട്ടോ കിട്ടുമെന്ന് സംശയമാണ് എട്ട് വയസ്സ് പയ്യൻ നടന്ന് മധ്യപ്രദേശ് വരം ഈ സത്യത്തിനെ അറിയാനായിട്ട് ഗോവിന്ദഭഗവത് പാത ചോദിച്ചു കുട്ടി നീ ആരാണെന്ന് ചോദിച്ചു നൂമിർന തോയം നേജോ നായു നഖം നേന്ദ്രിയം വേഷാം സമൂഹ അനൈകാന്തികുഷുപ്തിക സിദ്ധ തദേകോ വശിഷ്ട ശിവ കേവലോഹം പഞ്ചഭൂതാത്മകമായ ഒന്നും തന്നെ ഞാനല്ല അതൊക്കെ ഓരോ സമയത്ത് ഉണ്ടായി മാറിപ്പോകണൂ മാറിപ്പോകാതെ സുഷുപ്തി അവസ്ഥയിലും യാതൊന്നും ഉണ്ടോ സുഷുപ്തിയൊക്കെ സിദ്ധ സുഷുപ്തിയിൽ ശരീരം സിദ്ധമല്ല സുഷുപ്തിയിൽ മനസ്സ് സിദ്ധമല്ല ബുദ്ധി സിദ്ധമല്ല പക്ഷേ നമ്മളുടെ അസ്തിത്വം ആർക്ക് നിഷേധിക്കാൻ പറ്റില്ല നിലനിൽപ്പ് ആലക്ഷായർ സാർ ഉപയോഗിക്കുന്ന വാക്ക് ഞാൻ സാധാരണ അസ്തിത്വം ഇരുപ്പ് എന്നൊക്കെ പറയും ആ നിലനിൽപ്പ് അവനവന്റെ നിലനിൽപ്പ് അസ്തിത്വം ഇരുപ്പ് ആർക്ക് നിഷേധിക്കാൻ ഒക്കെ ഇല്ല സുഖമായിട്ട് ഇരുന്നു സുഖം തന്നെ സ്വരൂപമായിട്ടിരുന്നു എന്ന് നമ്മള് ഡിക്ലറേഷൻ നടത്തുന്നുണ്ട് എഴുന്നേറ്റിട്ട് അപ്പൊ സുഖം നേടിയെടുക്കേണ്ട സാധനമല്ല ആ അവസ്ഥയിൽ ഇല്ലാത്തതൊക്കെ പൊന്തി വരണോ മനസ്സ് ശരീരമൊക്കെ അത് കളയുക വേണ്ടു ചകഞ്ഞു മാറ്റിയേ വേണ്ടു നിഷേധിച്ച് നിഷേധിച്ച് നിഷേധ ജയതാത് അശേഷ ഭാഗവതത്തിലെ ഗജേന്ദ്രമോക്ഷം നിഷേധിച്ച് നിഷേധിച്ച് എന്ത് അവശേഷിക്കുന്നുവോ അതിനെ തൊട്ടറിഞ്ഞാൽ അത് അശേഷമായ അതിനെ തൊട്ട് കഴിഞ്ഞാൽ സർവാത്മത്വമഹാവിഭൂതിസഹിതം സിയത് ഈശ്വരത്വം സ്വതസിദ്ധേത് പുനരഷ്ടധാപരിണതം ച ഐശ്വര്യമവ്യാഹതം അതിനെ തൊട്ട് കഴിഞ്ഞാൽ സർവാത്മഭാവം വന്നു ഞാൻ എന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ സകലത്തിനെയും അറിഞ്ഞു ഏകവിജ്ഞാനേന സർവവിജ്ഞാനം എന്റെ സ്വരൂപത്തിനെ അറിയുക എന്ന് വെച്ചാലോ ഇപ്പോ നമ്മൾ ഒരു വസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞു കഴിഞ്ഞ് മറന്നുപോകും ോർക്കലും മറക്കലും ബുദ്ധിയുടെ മണ്ഡലത്തിലാണ് ദൈവീത് നിങ്ങൾ ഒരു കാര്യം ഓർത്തോളണം നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കരുത് നിങ്ങൾ കേട്ടാ മതി നിങ്ങൾ കേൾക്കുക മാത്രം ചെയ്താൽ മതി കേൾക്കുക മാത്രം ചെയ്താൽ മതി ഇത് കിടക്കണ്ടടുത്തേക്ക് കടന്നോളും ഓർക്കുക മനസ്സിലാക്കുക ഒക്കെ തന്നെ മനസ്സാണ് ചെയ്യേണ്ടത് ഈ മനസ്സ് സത്യത്തിനെ അറിയാൻ പര്യാപ്തമല്ല സ്വയം സത്യം തന്നെ സത്യത്തിനെ അറിഞ്ഞുകൊള്ളൂ ഭാഗവത സമ്പ്രദായം അങ്ങനെയാണ് ഭഗവാൻ ഉപദേശിച്ചു ഭഗവാൻ കേട്ടു എന്നാണ് നമ്മൾ പറയാം അല്ലാതെ ഭഗവാൻ ഉപദേശിച്ച് ഭക്തൻ കേട്ടാൽ ശരിയാവില്ല ഭഗവാൻ ഉപദേശിച്ച് ഭക്തൻ കേട്ടതുകൊണ്ടാണ് അർജുനൻ മറന്നുപോയത് ഭഗവാൻ ഉപദേശിച്ച് ഭഗവാൻ തന്നെ കേട്ടാൽ മറന്നുപോക വിട്ടുപോകില്ല കാരണം ബോധജന്യ സ്മൃതി ഉണ്ടാവും നമുക്ക് ക്രിയാജന്യ സ്മൃതി സംബന്ധജന്യ സ്മൃതിയാണ് നമ്മളുടെ ബ്രെയിനിൻ്റെ ഒരു വസ്തു കാണാനില്ല മൊബൈൽ ഫോൺ എവിടെയോ വെച്ചു അന്വേഷിച്ചു കണ്ടുപിടിച്ചു അവിടെയുണ്ട് പിന്നെ അത് എടുത്തു വെച്ച് പിന്നെയും മറന്നും പിന്നെ അതിൻ്റെ ആവശ്യമില്ല അല്ലേ പിന്നെ അത് ഉപയോഗിക്കുമ്പോഴേ എടുക്കുകയുള്ളൂ നേരെ മറിച്ച് നമ്മളെക്കുറിച്ചുള്ള മറവി എന്ന് പറയുന്നത് വേറെ വാക്കില്ലാത്തത് കൊണ്ട് നമ്മളത് ഉപയോഗിക്കുകയാണ് ആവരണമാണ് ആ ആവരണ ദോഷം നീക്കുമ്പോൾ ക്ഷണം മുതൽക്ക് അവിഛിന്ന അനുഭവമാണ് വിച്ഛിത്തിയില്ലാത്ത അനുഭവമാണ് സാധാരണ പറയണ ഉദാഹരണം കഴുത്തിലിട്ട മാല മൂക്കത്ത് വെച്ച കണ്ണട കണ്ണടയുടെ ഉള്ളിൽ കൂടെ തന്നെ കണ്ണട തരയും നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല കണ്ണട വെച്ച ആളുകളൊക്കെ എപ്പോഴെങ്കിലും ഒരു ദിവസം ചെയ്യരുത് ആരെങ്കിലും പറയും ഇതാ ഉണ്ടല്ലോ ഓക്കോ നനിച്ചിരിക്കും അല്ലെ നമ്മുടെ മഹർഷി പറയും ആത്മസാക്ഷാത്കാരം നേടിയ ആൾക്ക് തന്റെ പ്രയത്നത്തിനെ മുഴുവൻ തിരിഞ്ഞു നോക്കിയിട്ട് ചിരിക്കേണ്ടി വരും എന്നാണ് ഇതിനാണോ ഞാനിപ്പോ ഇത്രയും മനക്കെട്ടത് എന്ന് തോന്നുന്നു അത്രയും പക്ഷെ നിർത്തിയില്ല ആ പ്രയത്നിക്കാനുള്ള അർജുണ്ടല്ലോ വാസന അത് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ച് ശമിച്ചേ പറ്റൂ അതിനുവേണ്ടിയാണ് പ്രയത്നിക്കണത് നമുക്ക് പുറമേ നിന്ന് കിട്ടാനുള്ളതല്ല ഇത് സ്വതസിദ്ധമാണ് നമ്മളുടെ സ്വരൂപമാണ് അതിനെ കാണിച്ചു തരിക മാത്രമാണ് ഒരു ദേശികൻ ചെയ്യണത് ഗുരു ചെയ്യണത് ചൂണ്ടിക്ക അതുകൊണ്ടാണ് ദേശികൻ എന്ന് പേര് കൈ ചൂണ്ടിക്കാണിക്കുന്ന ആള് നീ അതാണ് തത്വമസി വളരെ സിമ്പിളാണ് അതുകൊണ്ടാണ് ആളുകൾക്ക് ഇത് വേണ്ടാത്തത് എന്നാണ് ആചാര്യസ്വാമികൾ ഒരിടത്ത് പറഞ്ഞ് വിചാരദർപ്പണം എന്നൊരു ഏകശ്ലോകി ഇതുപോലെ ഒരു കൃതിയാത് അതിലൊരു ശ്ലോകം ആളുകള് വിഷമം വരുമ്പോ ആരു വേദാന്ത വിചാരം ചെയ്യും സദ്ഗുരുവിന്റെ അടുത്ത് ആര് പോകും ആദ്യം പോണത് അടുത്ത് കാണുന്ന ജ്യോത്സ്യന്റെ അടുത്തേക്കാണെന്നാണ് എന്നിട്ട് ആ ജ്യോത്സ്യൻ എന്തെങ്കിലും പറഞ്ഞാൽ ഭക്തിയോടെ ചെയ്യൂ അത്ര അധ്യാഷ്ടമീതി നവമീതി ചതുർദശീതി ഉപവസന്തി ഭക്തിയാ ജ്യോത്സ്യം പറഞ്ഞാൽ വളരെ ഭക്തിയോടുകൂടെ ഇന്ന പൂജ ചെയ്യൂ ഇന്ന അടുത്ത് പോകൂ ഒക്കെ ചെയ്തിട്ട് വരണു ുതേസ്ത്വഹോ തത്വമസീതി വാക്യം വിശ്വസന്തി അത്ഭുതമേതേവ സകല ദുഃഖത്തിന്റെയും പരിഹാരം തന്റെ ഉള്ളിലുണ്ടോ താൻ തന്നെ ആ വസ്തുവാണ് സകല ദുഃഖവും യു ക്യാൻ ഡിസോൾവ് ദ പ്രോബ്ലം യു നീഡ് നോട്ട് സോൾവ് ദ പ്രോബ്ലം പ്രോബ്ലം ആർക്കാണോ അയാൾ തന്നെ ഡിസോൾവ് ആയിപ്പോവും ഇല്ലാതായിപ്പോവും പൂർണ്ണത്വം നിൽക്കും ഒരു പ്രോകത്തിൽ ഒരു പ്രശ്നം പരിഹരിച്ചാൽ വേറെ ഒരു പ്രശ്നം അതിന്റെ പുറകെ ഉണ്ടാവും ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധ്യമേ ലോകത്തിൽ ഒരു കമ്മിറ്റിയിലെ ഒരാള് കുഴപ്പമുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ മാറ്റി വേറെ ഒരാളെ കൊണ്ടുവന്ന് വെച്ച് നോക്കൂ പഴയയാള് നല്ല ആളായിരുന്നു കേട്ടോ എന്ന് പറയും എന്താന്ന് ഇതാണ് ലോക പ്രകൃതി അതുകൊണ്ട് പുറമേക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കണമൊക്കെ ഇങ്ങനെയാണ് നിന്റെ ഉള്ളിലുള്ള പ്രശ്നം പരിഹരിക്കും ആ പ്രശ്നം ദിവസം ഈശ്വരൻ നമുക്ക് പരിഹരിച്ച് കാണിച്ചു തരണുണ്ട് മനസ്സ് മൂലത്തിൽ പോയി അടങ്ങുമ്പോൾ നമുക്ക് സുഖം നമ്മൾ തന്നെ ആ സുഖസ്വരൂപമാണെന്നൊരു ഡെയിലി ഡെമോൺസ്ട്രേഷൻ നടക്കുന്നുണ്ട് അപ്പൊ നമ്മളുടെ സ്വരൂപം എന്താണ് ഞാൻ എന്ന് പറയണത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അഹം നമ്മളുടെ ആദ്യത്തെ പേര് ഭഗവാന്റെ തന്നെ ആദ്യത്തെ പേരെന്നാണ് വൃദാരണ്യോപനിഷത്ത് പറഞ്ഞു ഈശ്വരൻ ആദ്യമായി അഹമിത്യഭാണീ അഹം എന്ന് പറഞ്ഞു എന്നാണ് ഞാൻ എന്ന് പറഞ്ഞു ഈ ക്രിസ്ത്യാനികളെ യഹോവാ എന്ന് പറയും അതിനർത്ഥതാത്രേ അയാം ഞാൻ എന്താന്ന് വെച്ചാൽ ഈശ്വരൻ അഗ്നി രൂപത്തിൽ ആവിർഭവിച്ചു അതാണ് അവരുടെ കഥ അഗ്നി രൂപത്തിൽ ആവിർഭവിച്ചപ്പോ നീ ആരാണ് എന്ന് ചോദിച്ചപ്പോ ഞാൻ ഞാനാണ് എന്ന് പറഞ്ഞോത്ര അഗ്നി രൂപത്തിൽ നോക്കൂ ഇത് വേദമന്ത്രത്തിന്റെ അപ്പടിയുള്ള വിവർത്തനാണ് ജ്യോതിർജ്വലതി ആർദ്രം ജ്വലതി ജ്യോതിർ അഹമസ്മി ഉള്ളിലൊരു അഗ്നി ജ്വലിക്കണോ അഗ്നി പറഞ്ഞു അഹമസ്മി യോഹമസ്മി അഹമസ്മി അഹമേവാഹമസ്മി ഞാൻ ഞാൻ തന്നെയാണ് ആ ഞാൻ ഞാൻ തന്നെയാണെന്ന് പറയുന്നതാണ് അത്ര ഈ യഹോവ എന്നുള്ള വാക്കിന്റെ അർത്ഥം അയാം ദാറ്റ് അയാം എന്നാണ് ഇംഗ്ലീഷിൽ എന്റെ ട്രാൻസ്ലേഷൻ ഐ ആം ദാറ്റ് അയാം ശ്രുതി നമുക്ക് കൊച്ചു കുട്ടികൾക്ക് നമ്മൾക്കൊക്കെ അനുഭവമുള്ള വിഷയമാണ് നിങ്ങൾക്ക് ആത്മസാക്ഷാത്കാരത്തിന് പുസ്തകമൊന്നും വേണ്ട ബാദശ നായർ സാർ തന്നെ പലവട്ടം പറയണതാണ് ഇത് നിങ്ങൾക്ക് പിടികിട്ടുമെങ്കിൽ നിങ്ങൾ പുസ്തകം ഒന്നും വായിക്കേണ്ട ഇതങ്ങോടെ ഉറപ്പിച്ചാൽ മതി എന്ന് പറയും വളരെ ലളിതമാണ് എന്തിനിത്രയധികം മെനക്കെടുന്നു എല്ലാവർക്കും ഈശ്വരൻ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ഈശ്വരൻ ഒന്നും ഞങ്ങൾക്ക് ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് നിഷേധിക്കാം പ്രപഞ്ചത്തിൽ എന്തിനു വേണമെങ്കിലും നിഷേധിക്കാം പക്ഷെ അവനവന്റെ അസ്തിത്വത്തിനെ ആർക്ക് നിഷേധിക്കാനൊക്കെയില്ല അവനവന്റെ നിലനിൽ പീരിപ്പിനെ ആർക്ക് നിഷേധിക്കാനൊക്കെ ഇല്ല എനിക്ക് അനുഭവമുണ്ട് ഞാനുണ്ട് എന്നുള്ളത് അതുമാത്രമേ ഉറപ്പുള്ള ഇരുട്ടാക്കിയാൽ അന്ധകാരത്തിൽ ഞാനുണ്ട് എന്ന് ഉറപ്പുണ്ട് നാരായണ ആത്മോപദേശ ശതകം ഇരുളിൽ ഇരിപ്പവനാർ ചൊൽകനീയെന്നൊരുവൻ ഉരപ്പതു കേട്ടു താനുമേ പം ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം ബാലകൃഷ്ണനായർ സാറ് ഈ സുഷുപ്തിയുടെ മറയെന്നോ എന്തോ ആണ് പറഞ്ഞിരിക്കണമെന്നാണ് എൻ്റെ ഓർമ്മ പക്ഷെ വളരെ ലളിതമായിട്ട് ഇത് അതിനെ വാചിയാർത്ഥം തന്നെ നമുക്ക് അനുഭവത്തിൽ മനസ്സിലാവും ഇരുട്ടിലിരുന്നാല് രണ്ടുപേരും പരസ്പരം വർത്തമാനം പറഞ്ഞാൽ ആരാണ് ഞാനാണ് ഞാനാണ് ഞാനാണ് ഒരു സംശയവുമില്ല ഇരുട്ടിലെ നല്ലവണ്ണം എനിക്ക് അനുഭവമുണ്ട് അഹം അഹം അഹം ഞാൻ എന്തിനെ ധ്യാനിക്കണം എന്റെ തന്നെ സ്വരൂപം എനിക്ക് സിദ്ധമാണല്ലോ വേറെ എന്ത് ധ്യാനിക്കണം ധ്യാനിക്കാൻ എന്താ വെള്ളത്ത് ഞാനുണ്ട് എന്നുള്ള അനുഭവമുണ്ട് പക്ഷേ ഈ ഞാൻ എന്താണെന്നുള്ള കാര്യത്തിലാണ് സംശയം ആചാര്യസ്വാമികൾ ബ്രഹ്മസൂത്ര ഭാഷയും തുടങ്ങുന്നത് തന്നെ ഈ കാര്യം ചർച്ച ചെയ്തുകൊണ്ടാണ് ബ്രഹ്മം അറിയപ്പെട്ട വസ്തുവാണോ എന്ന് ചോദിക്കുകയാണ് അല്ല അല്ലെങ്കിൽ പിന്നെ അറിയപ്പെടാൻ പറ്റാത്തൊരു വസ്തുവിനെ എങ്ങനെ കണ്ടുപിടിക്കും കണ്ട ഇതാണെന്ന് എങ്ങനെ മനസ്സിലാവും പലർക്കും എന്ത് വേണമെങ്കിൽ അല്ലേ ആളുകൾ അവർക്ക് തോന്നിയതൊക്കെ പറയണുണ്ട് നിങ്ങൾക്ക് പാരമാർത്ഥികമായ ലക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു ക്ലെയിമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊണ്ട് തൃപ്തിപ്പെട്ടോളൂ ഉപനിഷത്തിലെ പ്രജാപതിയുടെ അടുത്തേക്ക് വിരോചനും ഇന്ദ്രനും കൂടെ പോയപ്പോ പ്രജാപതി പറഞ്ഞു നല്ലവണ്ണം അലങ്കരിക്ക എന്നിട്ട് ഒരു ചിരട്ടയിൽ വെള്ളം എടുക്കുക കണ്ണട കണ്ണട എടുക്ക എന്നിട്ട് മുമ്പിൽ അലങ്കരിച്ച് ചെന്ന് നിന്ന് നോക്ക എന്താണോ കാണുന്നത് അത് തന്നെ ആത്മ ശരിക്കും ഇങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നാണ് പറഞ്ഞു കൊടുക്കാൻ പാടില്ല അത്ര ഇവർക്ക് എത്രയുണ്ട് യോഗ്യതയുണ്ട് നോക്കണം കൺഫ്യൂഷൻ ഉണ്ടാവണം ആദ്യം ഇന്നിപ്പോ രാവിലെ പോലെ ഒരു ചർച്ച ഉണ്ടായി പലരും പല പ്രസംഗങ്ങളും കേട്ടിട്ട് കൺഫ്യൂഷൻ ആവണമല്ലോ സ്വാമി നല്ലതാ കാരണം കൺഫ്യൂഷൻ ഒരു പെയിനാണ് ഒരു വേദനയാണ് ആ വേദന ഉണ്ടായാൽ നമ്മൾ വേദന തീർക്കാൻ പുറപ്പെടും അല്ലേ അപ്പോ സത്യം കാണുന്ന വരെ നിൽക്കില്ല നമ്മൾ കാരണം അതൊരു വിഷമമുണ്ടാവുള്ളത് അതുകൊണ്ട് പലതും കേട്ടിട്ട് കൺഫ്യൂഷൻ ആവുകയാണെങ്കിൽ അതും നല്ലതാ അപ്പോ പ്രജാവധി പറഞ്ഞു കൊടുത്തു ശരീരം തന്നെ ആത്മ പൊയ്ക്കൊള്ളൂ എന്ന് പറഞ്ഞു വിരോചനം ചെന്ന് നോക്കി നല്ലവണ്ണം അലങ്കരിച്ചു നോക്കി ആ ഇത് തന്നെ എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു ഉത്ര മരിച്ചു കഴിഞ്ഞാലും അലങ്കരിച്ച് ഇരുത്തിയിട്ട് വേണം കൊണ്ടുപോവാൻ ഈ സമ്പ്രദായമൊക്കെ വിരോചന ഉണ്ടാക്കിയതാണെന്ന് മരിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം വായിലിട്ട് കൊടുക്കണം ശരീരം തന്നെ ആത്മാ അതിന് നല്ലവണ്ണം നോക്കിക്കൊള്ളണം പോഷിപ്പിച്ചുകൊള്ളണം നമ്മളെ തൊണ്ണൂറ് ശതമാനം വിരോചനന്റെ സമ്പ്രദായക്കാരാണ് അനുഭവത്തില് നമ്മളല്ലെന്നൊക്കെ പറയുമെങ്കിലും ഞങ്ങളൊക്കെ ശങ്കരാചാര്യരുടെ അനുയായികളാണെന്നൊക്കെ പറഞ്ഞാലും കാര്യം വരുമ്പോ ശരീരം നോക്കിക്കൊള്ളൂട്ടോ എന്ന് പറയും ഈ പ്രഭാഷണം കഴിഞ്ഞ് ചോട്ടിൽ ഇറങ്ങിയ സുഖമില്ലാന്ന് കേട്ടല്ലോ നല്ലോണം നോക്കിക്കൊള്ളൂട്ടോന്ന് സമ്പ്രദായത്തിൽ വരുമ്പോ നമ്മളെ വിരോചനന്റെ സമ്പ്രദായക്കാരാണ് അപ്പൊ വിരോചനൻ അതും കൊണ്ട് പോയി അതുകൊണ്ടാണ് ഭാഗവതത്തില് വാമനൻ വന്നപ്പോ മഹാബലിക്ക് മനസ്സിലായില്ല എന്ന് ധരിച്ചിട്ട് സുഖബ്രഹ്മ മഹർഷി പറയണത് ഏഷവൈരോചനെ സാക്ഷാത് ഭഗവാൻ വിഷ്ണുരവ്യയ നിന്റെ അച്ഛൻ ചെയ്ത പോലെ അബദ്ധമാണ് താൻ ചെയ്യണത് ഈ അറിയോ തന്റെ സർവസ്വവും പോകും എല്ലാം കൊണ്ടുപോവാനാണ് നീ വിരോചനന്റെ പുത്രനാണെന്ന് നിരൂപണം ചെയ്യുകയാണെന്ന് പറഞ്ഞു അപ്പോ എന്തെങ്കിലും ഗുരുവിന്റെ അടുത്തുനിന്ന് ഒരു ഉപദേശം വേണമെന്ന് അത്രയുള്ളൂ അതുകൊണ്ട് അദ്ദേഹം തൃപ്തിയായി ചിലരൊക്കെ ഒരു മന്ത്രമൊക്കെ കിട്ടിയാൽ മതി അവർക്ക് തൃപ്തിയായി എന്തെങ്കിലുമൊക്കെ ഒരു ഉപദേശം കിട്ടിയാൽ മതി അവർക്ക് സന്തോഷമായി ഒരു വെളിച്ചം ഉള്ളിൽ ഒരു മണിയടിക്കണ ശബ്ദം നമ്മുടെ രാമകൃഷ്ണാശ്രമത്തിലെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു നിസ്വാനന്ദ സ്വാമി അദ്ദേഹം തൃശൂരുള്ളപ്പോ ഞാൻ കൂടെ ഉണ്ടപ്പോ സ്വാമിയുടെ അടുത്തൊരു ആഴ് വന്ന് ചോദിച്ചു സ്വാമി രാമകൃഷ്ണദേവൻ ധ്യാനിക്കുമ്പോ ഉള്ളിൽ മണിയടിക്കുന്ന ശബ്ദം കേൾക്കുമെന്ന് പറയണമല്ലോ സ്വാമി കേൾക്കാറുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ നാല് വട്ടം കേൾക്കും ദിവസം മൂന്ന് ഇദ്ദേഹം സീരിയസ് ആയിട്ട് ധരിച്ചു സ്വാമി പറഞ്ഞു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോ വൈകുന്നേരം ചാടി ഇങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ മതി പലർക്കും സന്തോഷമാണ് എന്താന്ന് വെച്ചാൽ യു ഓൺലി വോണ്ട് ടു ക്ലെയിം സംതിങ് എന്തെങ്കിലും ഒരു കിട്ടി എന്ന് പറഞ്ഞ് അഭിമാനിക്കുക വേണ്ടു സത്യമൊന്നും വേണ്ട ഒരു ഒരു പദവിയൊക്കെ കിട്ടുന്ന പോലെ അല്ലെ ഒരു ഒരു പൊസിഷനൊക്കെ കിട്ടുന്ന പോലെ ഒരു ഡോക്ടറാണ് എഞ്ചിനീയറാണെന്ന് ഒരു പേര് കിട്ടിയാൽ മതി എന്നുള്ള പോലെ ഓടിക്കാൻ പോലും അറിയേണ്ട ലൈസൻസ് കിട്ടിയാൽ മതി എന്നാണ് ചിലർ പറഞ്ഞത് അതുപോലെ എന്തെങ്കിലും കിട്ടിയാൽ തൃപ്തിയാവുമെങ്കിൽ നമ്മൾക്ക് സത്യത്തിനോട് അടുക്കാം അപ്പൊ ജിജ്ഞാസായില്ലേ അതാണ് ആചാര്യസ്വാമികൾ അവഗതി പര്യന്തം ജ്ഞാനം എന്ന് പറഞ്ഞത് ജിജ്ഞാസയ്ക്ക് ഭാഷ്യകാരം പറഞ്ഞ അർത്ഥം തന്നെ അവഗതി പര്യന്തം ജ്ഞാനം പൂർണ്ണാനുഭവം വരുന്നവരെ നിൽക്കാത്ത വിചാരം അപ്പൊ ശരീരമാണ് ആത്മാവ് ശരീരമാണ് ഞാൻ എന്ന് പലരും ധരിച്ചിരിക്കണോ അതിൽ തന്നെ പലരും തൃപ്തരാണ് മറ്റു പല മണ്ഡലങ്ങൾ നിങ്ങൾ അധ്യാത്മലോകത്തിൽ കണ്ണോടിച്ചു നോക്കിയാൽ തന്നെ അറിയാം പല തലത്തിലും നിൽക്കണം വരും മനസ്സിന്റെ തലത്തില് പ്രാണന്റെ തലത്തില് ഇതുകൊണ്ടൊക്കെ തൃപ്തരാണ് പക്ഷെ പൂർണ്ണമായില്ല ആധ്യാത്മികത മുഴുവൻ ഇവിടെ അവസാനിച്ചു ഞാൻ ആരാണ് എനിക്ക് അനുഭവം ഉണ്ടെന്ന് ധരിക്കുന്ന എന്നെ തന്നെയാണ് ഇവിടെ ഞാൻ തന്നെയാണ് ഇവിടെ വിഷയം ഈശ്വരനല്ല ബ്രഹ്മമല്ല ആ സാറ് ബോധം ബോധം എന്ന് പറയും ബോധം എന്താണ് ഈ പുസ്തകം തന്നെ എടുത്ത് നോക്കൂ വ്യാഖ്യാനിച്ച് ഭംഗിയായിട്ട് പറയണ്ട് എല്ലാവർക്കും അവനവന്റെ ഉള്ളിൽ അനുഭവമുള്ള ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്നുള്ള അനുഭവം അനുഭവം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു സാക്ഷാത് ഗുരുവായൂരപ്പനെ മുമ്പിൽ കണ്ടാൽ പോലും അനുഭവം അത് ദൃശ്യം മാത്രാണ് ഗുരുവായൂരപ്പൻ ദൃശ്യമായിട്ടിരിക്കുന്നിടത്തോളം അനുഭവം അല്ല കാരണം മുമ്പിൽ വന്നു മറഞ്ഞുപോയി അതുകൊണ്ടാണ് ഗോപസ്ത്രീകൾ പറഞ്ഞത് ഇതെനിക്ക് വേണ്ട കുറുവന്തിഹിത്വരതിം കുശലാഹാസ്വ ആത്മൻ നിത്യപ്രിയെ പതിസുധാധിപിരാർത്തിദേഹിക്കും പുറമേ ദൃശ്യപദാർത്ഥങ്ങൾ ഇതാ ഭാര്യ ഉണ്ട് മക്കളുണ്ട് വീട്ടിൽ ഇതൊക്കെ വന്നു പോയി മരിച്ചുപോയി അത്യധികം ദുഃഖം ഉണ്ടാക്കും ഇതൊക്കെ എന്തിനാ ആത്മന് സ്വസ്വരൂപത്തിൽ ആദ്യ രതി വയ്ക്കുന്നുവോ അവര് കുശലാഹ നല്ല സാമർത്ഥ്യമുള്ളവരാണെന്നാണ് കാര്യമെടുക്കാൻ അറിയണവരാണ് അവര് അവർക്ക് ലക്ഷ്യത്തിലാണ് അവരുടെ ദൃഷ്ടി അതുകൊണ്ട് വേറെ ഒന്നും കൊണ്ട് തൃപ്തിപ്പെട്ടു പോവരുത് വേറെ ഒന്നും കൊണ്ട് തൃപ്തിപ്പെട്ടു പോവരുത് നിത്യസിദ്ധമായ അനുഭവത്തിനെ അന്വേഷിക്കണം പുറമെ എന്ത് ദൃശ്യം നമ്മൾ കണ്ടാലും മറഞ്ഞു പോവും ശരീരം ഒരു കാലത്ത് മറഞ്ഞു പോവും മനസ്സിൽ വരുന്ന വിഷൻസ് ദർശനങ്ങൾ യോഗാനുഭവങ്ങളൊക്കെ മറഞ്ഞു പോവും അവസ്ഥകളൊക്കെ മറഞ്ഞു പോവും നമ്മളൊരവസ്ഥയല്ല ഈ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് എന്ത് അവസ്ഥയാണെന്ന് ചിലർ ചോദിക്കണം അവസ്ഥയാണെങ്കിൽ അത് ആത്മസാക്ഷാത്കാരമല്ല സത്യം അവസ്ഥയല്ല അത് എല്ലാവർക്കും സ്വതസിദ്ധമാണ് ഞാനുണ്ട് എന്നുള്ളതൊരവസ്ഥയല്ല എനിക്ക് ഉണ്ടാവുന്ന ദൃശ്യങ്ങളൊക്കെ അവസ്ഥയാണ് ബോധം എന്ന പറയുമ്പോൾ ബോധം എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളുടെയോ മനസ്സിൻ്റെയോ ഇടകലർത്തലില്ലാത്ത അനുഭൂതിയാണിത് അഹം അഹം എന്ന അനുഭവം ബോധമാണ് ബോധം എന്ന് പറയുന്നത് ഒരു വസ്തുവല്ല കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് വസ്തുവല്ല അത് എല്ലാ വസ്തുക്കളെയും അറിയുന്ന ദൃക്കാണ് നമ്മളുടെ തന്നെ അസ്തിത്വമാണ് നമ്മളുടെ തന്നെ ഇരുപ്പാണ് നമുക്കത് അതുമാത്രമേ നമ്മളുടെ അനുഭവത്തിലുള്ളൂ ശരീരം നമ്മളുടെ അനുഭവത്തിലില്ല ശരീരം അനുഭവത്തിലുണ്ടോ നമ്മൾ പറയണമെന്നല്ലാതെ ലിവർ ഹാർട്ട് കിഡ്നിയും ഒക്കെ ഉണ്ടെന്ന് ഡോക്ടർ പറയുമ്പോഴാണ് നമുക്ക് അറിയണത് ഇതുവരെ കണ്ടിട്ടില്ല കാണാനൊട്ട് ഒക്കില്ല അതൊക്കെ പ്രവർത്തിക്കേണ്ടതെന്ന് പറയണു പദാർത്ഥങ്ങളാണ് മഴയും വെയിലും സൂര്യനും ചന്ദ്രനും ഒക്കെ പോലെ ഈ ശരീരത്തിനുള്ളിൽ കുറേ പദാർത്ഥങ്ങളുണ്ട് അതൊക്കെ പ്രവർത്തിക്കണു അത്രയേ ഉള്ളൂ അതൊക്കെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രകാശം വെളിച്ചം ആണ് എൻ്റെ സ്വരൂപം ആ വെളിച്ചത്തിനെയാണ് ഹൃദയം എന്ന് പറയണത് ബോധം എന്ന് പറയണത് ആ ബോധമാണ് നമുക്ക് സിദ്ധമായിട്ട് നമ്മളുടെ തന്നെ സ്വരൂപമായിട്ട് ഞാൻ എന്നുള്ള അനുഭവമായിട്ട് ഇരിക്കണത് നമുക്ക് നേടിയെടുക്കേണ്ട ആവശ്യമില്ല പുറമേ നിന്ന് നേടിയെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ശ്രദ്ധിക്കുക വേണ്ടൂ ശ്രദ്ധ ഈ വസ്തുവിൽ വീഴേ വേണ്ടു ഈ നമ്മൾ നോക്കാൻ പോണേ ഏകശ്ലോകിയില് ആചാര്യസ്വാമികൾ ഇത്ര മാത്രമേ ചെയ്യണുള്ളൂ ദൃശ്യത്ത് നിന്നും പതുക്കെ പതുക്കെ പതുക്കെ അന്തർമുഖമാക്കി ഈ ദൃക്കിലെ സ്വരൂപത്തിലെ ശ്രദ്ധയെ തിരിച്ചുവിടുകയാണ് അറ്റൻഷനെ തിരിച്ചുവിടുകയാണ് എല്ലാത്തിനെയും അറിയുന്ന അറിവ് വിജ്ഞാതാരം അരേ കേന വിജാനീയാ എല്ലാത്തിനെയും അറിയുന്ന വിജ്ഞാതാവ് എല്ലാത്തിനെയും അനുഭവിക്കണ ഞാൻ ജാഗ്രത് സ്വപ്നം സുഷുപ്തി ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം എല്ലാ അവസ്ഥകളെ ആരനുഭവിച്ചു ഞാൻ അനുഭവിച്ചു മാറാതെ ഇരിക്കണ എന്റെ അനുഭവം എനിക്കുണ്ട് നോക്കൂ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് നമ്മളുടെ ശരീരം മാറണത് നമുക്കറിയാം മനസ്സ് മാറണതറിയാം കുട്ടിക്കാലത്തെ ഫോട്ടോ ഒക്കെ എടുത്തു നോക്കണോ ഇത് എന്റെ ശരീരമാണ് എന്റെ ഫോട്ടോ ആണെന്ന് പറയണു ഇത് ഞാനാണെന്ന് പറയണു ഈ നിങ്ങളെ പോലെ ഇല്ലല്ലോ ഒക്കെ മാറിപ്പോയല്ലോ ആ മാറിപ്പോയി അപ്പൊ നിങ്ങൾ മാറിയോ ഞാൻ മാറിയിട്ടില്ല ഞാൻ അതേ ആളാണ് എങ്ങനെ മനസ്സിലായി അനുഭവം കൊണ്ട് മനസ്സിലായി പിന്നെ എൻ്റെ ആ അനുഭവത്തിന് പ്രാധാന്യം വില കൽപ്പിക്കാത്ത അനുഭവമുണ്ട് കൊടുത്തില്ല ആ അനുഭവത്തിന് ശ്രദ്ധിക്കുക മാത്രമാണ് പ്രത്യഭിജ്ഞ എന്ന് പറയണത് ഞാൻ എന്ന് പറയുന്നതിന്റെ സ്വരൂപം എന്താണ് അഹം അഹം എന്ന അനുഭവത്തിന്റെ സ്വരൂപം എന്താണ് ഇതാണ് ധ്യാനം ഇതാണ് ആത്മവിനം സംസ്കൃതത്തിലെ ആ വാക്കുപോലും അത്ഭുതമാണ് എന്നുവെച്ചാൽ അക്ഷരമാല തുടങ്ങണതെങ്ങനെയാ ഹാ അവസാനിക്കുന്നതോ ഹ അല്ലേ വായടച്ചാൽ അഹം എന്ന് പറഞ്ഞാൽ അക്ഷരമാല മുഴുവനും അടങ്ങി ശിവന്റെ സ്വരൂപമായിട്ട് തന്നെ ശൈവസിദ്ധാന്തക്കാർ പറഞ്ഞത് നമോ അഹം പദാർത്ഥായ ലോകാ സിദ്ധിഹേതവേ സച്ചിദാനന്ദരൂപായ ശിവായ പരമാത്മനെ അഹമാത്മാ ഗുടാകേശ ഈ അഹം എന്ന അനുഭവത്തിന് വില കൽപ്പിക്കാതെ ഇരിക്കുന്നതാണ് നമുക്ക് വന്നിരിക്കുന്ന ഒരു ദൂഷ്യം ഒരു സദ്ഗുരു ചെയ്യണത് എന്താ അതിനൊന്ന് ശ്രദ്ധിക്കും ദേഹം മനസ്സ് ജൊക്കെ വിട്ട് ഈ അനുഭവത്തിന്റെ സ്വരൂപത്തിന് ശ്രദ്ധിക്കുന്നു എന്താണ് അതിന്റെ സ്വരൂപമെന്ന് ശ്രദ്ധിക്കുമെന്ന് നമുക്ക് ശ്രദ്ധ നമ്മളുടെ ശ്രദ്ധ അതിന് മേലെ വീഴുമ്പോൾ ആദ്യമൊക്കെ കുറച്ചൊക്കെ ദേഹമല്ല മനസ്സല്ല എന്നൊക്കെ ചകഞ്ഞു മാറ്റും ശരീരത്തിലെ ഏത് ഭാഗം പോയാലും ഞാൻ എന്നുള്ള അനുഭവത്തിന് ഒരു കുറയും വരണില്ല എന്നൊരു കൺവിക്ഷൻ ഉണ്ടാവണം കയ്യും കാലും ഒക്കെ എടുത്തു മാറ്റിയാലും ഞാൻ എന്നുള്ളത് അതേപോലെ അനുഭവമുണ്ട് കയ്യും കാലും ഇല്ലാത്ത ആളുകൾക്ക് സന്തോഷത്തിന് കുറവൊന്നുമില്ല നിങ്ങൾ ലോകത്തിൽ ശ്രദ്ധിച്ചാൽ കാണാം കയ്യും കാലം ഉള്ളവരെ പോലെ തന്നെ അവരും സന്തോഷമായിട്ടിരിക്കും ആരോഗ്യമില്ലാത്തവൻ ആരോഗ്യമുള്ളവനേക്കാളും ബെറ്റർ പൊസിഷനിലൊന്നുമല്ല ആരോഗ്യമുള്ളവൻ ബെറ്റർ പൊസിഷനിലൊന്നുമല്ല ആനന്ദത്തിന്റെ ഇരിപ്പിടം ശരീരമല്ല ആനന്ദത്തിന്റെ ഇരിപ്പിടം മനസ്സോ ബുദ്ധിയോ ഒന്നുമല്ല ഈ അഹം നമ്മളുടെ സ്വം തന്നെയാണ് ആനന്ദത്തിന്റെ ഇരിപ്പിടം ആ സ്വം സ്വതസിദ്ധമായ നമ്മളുടെ സ്വം ഇരിപ്പ് അതിനെ കാണിച്ചു തരുന്ന ഒരു അത്ഭുതമായ ഒരു കൃതിയാണ് ഈ ഏകശ്ലോകി ശങ്കര ദിഗ്വിജയം എന്ന് പറഞ്ഞ് കുറേ കാലം ഇവിടെ ഒരിക്കൽ ലളിത്ത മഹളിൽ വെച്ചൊരു പ്രഭാഷണം ഉണ്ടായി അതിലിത് പറഞ്ഞിട്ടുണ്ട് ഈ ഏകശ്ലോകി നമ്മുടെ ഭഗവാൻ ഒരു ഏകശ്ലോകി എഴുതി ഹൃദയകുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ി അഹമഹിതി സാക്ഷാത് ആത്മരൂപേണ ഭാതി ഹൃദിവിഷമനസാസ്വം ചിന്വതാ മജ്ജതാവാ പവനചലനരോധാത് ആത്മനിഷ്ഠോ ഭവത്വം ഇത് രമണഗീതയിലെ ഒരു ഏകശ്ലോകിയാണ് നാരായണഗുരുസ്വാമി ഇതേ കാര്യം ആത്മോപദേശകത്തിൽ ഒരുപാട് ശ്ലോകങ്ങൾ വരുന്നുണ്ട് അഹമഹമെന്ന അരുളുവതൊക്കെ ആരായുകിൽ അകമേ പലതല്ലതേകമാകും അകലുമഹന്ത അനേകമാകയാൽ ഈ തുകയിൽ അഹം പൊരുളും തുടർന്നിടുന്നു അതും ഇതുമല്ല അസദർത്ഥമല്ല അഹം സച്ചിതമൃതമെന്നു തെളിഞ്ഞു ധീരനായി സദസതി പ്രതിപത്തി അറ്റ് സത്തോമിതി മൃദുവായി മൃദുവായി അമർന്നിടേണം ഗംഭീരമായ ഭാഷ അനുഭവത്തിന്റെ മാധുര്യം അതില് അഹമഹമെന്ന് അരുളുവതൊക്കെ ആരായുകിൽ അതാണ് വിഷയം നമ്മൾ വേറെ എന്തൊക്കെയോ ആരാഞ്ഞുകൊണ്ടിരിക്കണോ നമുക്ക് ആരായാനുള്ള വിഷയം വിചാരം ചെയ്യാനുള്ള വിഷയം ശ്രദ്ധിക്കാനുള്ള വിഷയം ബുദ്ധിവ്യാപാരം പോലും വേണ്ട അറ്റൻഷൻ മാത്രം മതി ശ്രദ്ധ പരീക്ഷിച്ച് ഏഴാമത്തെ ദിവസം തക്ഷകദംശമേറ്റവും മരിക്കാൻ പോണൂ പരീക്ഷത്തിനടുത്ത് പോയിട്ട് ശുഖബ്രഹ്മ മഹർഷി നീ ഒരു യോഗസാധന ചെയ്യൂ എന്ന് പറയാൻ പറ്റുമോ നീ ഒരു കോടി ജപം ചെയ്യൂ എന്ന് പറയാൻ പറ്റുമോ സമയമുണ്ടോ ഒന്നുമില്ല ഏഴ് ദിവസം കുറേ നേരം കഥയൊക്കെ പറഞ്ഞു എന്നിട്ട് അവസാനം പരീക്ഷത്ത് പറഞ്ഞു ഭഗവാനെ സമയമില്ലല്ലോ സമയമില്ല എന്ന് ആരും പറഞ്ഞു വരം മുഹൂർത്തം വിദിതം ഘടേത ശ്രേയസേയത ഒരു മുഹൂർത്ത നേരെ മതിയിടൂ ഒരു ക്ഷണനേരം മതി ശ്രദ്ധിക്കാൻ എത്ര നേരം വേണം പഴയ മൗണ്ടൻ പാത്തിൽ ഒരു ചെറിയൊരു ചോദ്യോത്തരം വന്നിരുന്നു ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്സ് റിയലൈസ് ദ ട്രൂത്ത് സത്യത്തിനെ അറിയാൻ എത്ര നേരം വേണം അപ്പൊ ഉത്തരം പറയുകയാണ് ഗുരു പെർഹാപ്സ് വൺ മിനിറ്റ് ഒരു മിനിറ്റ് വേണ്ടി വരുമായിരിക്കും ഇറ്റ്സ് ഇറ്റ് നോട്ട് ടു ബ്രീഫ് നോ ഇറ്റ് ഇസ് ഫിഫ്റ്റി നയൻ സെക്കൻഡ്സ് ലോങ് എന്നാണ് അതിൽ അമ്പത്തിയൊമ്പത് സെക്കൻഡ് അധികം ഉണ്ടാകുന്നതാണ് ഒരു ക്ഷണം നേരെ വേണ്ടു സൂര്യനെ കാണാൻ എത്ര നേരം വേണം പക്ഷെ കണ്ണടച്ചു പിടിച്ചിരുന്നാൽ എങ്ങനെ കാണും സത്യം നിങ്ങൾക്ക് സിദ്ധമാണ് നിങ്ങളുടെ സ്വരൂപമാണ് നിങ്ങൾ തന്നെ അതാണ് നിങ്ങൾക്ക് ഒരു കുറവില്ല നിങ്ങളൊക്കെ പൂർണ്ണ വസ്തുക്കളാണ് പൂർണ്ണത്വം നിങ്ങളുടെ സ്വരൂപമാണ് ശരീരമോ മനസ്സോ ഈ ഔപാതികമായ ദോഷങ്ങളൊന്നും തന്നെ നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപത്തിൽ ഇല്ല നിങ്ങൾ വേണമെന്ന് വെച്ചാൽ പോലും നിങ്ങൾക്ക് മരിക്കാൻ പറ്റില്ല നിങ്ങൾ എത്ര ഹാപ്പി ബർത്ത്ഡേ ആഘോഷിച്ചാലും നിങ്ങൾ ജനിച്ചിട്ടില്ല ശരീര ശരീരത്തിന്റെ ജനന ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കുന്നു ഈ ഫോട്ടോ ഒന്നും നമ്മളുടെ രൂപമല്ല എനിക്ക് നിങ്ങളെ ഓർക്കണമെങ്കിൽ നിങ്ങളുടെ ഈ രൂപമില്ലാതെ കഴിയില്ല അല്ലേ സാറെ ഓർക്കാൻ നമ്മൾ ഈ ഫോട്ടോ വെച്ചിരിക്കുന്നു ഈ രൂപമില്ലാതെ കഴിയില്ല പക്ഷെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളെ ഓർക്കുമ്പോൾ നിങ്ങളുടെ രൂപം വരുമോ നിങ്ങൾ കിണഞ്ഞു പരിശ്രമിച്ചു നോക്കൂ നിങ്ങളെ ഓർക്കുമ്പോൾ നിങ്ങളുടെ ഫോട്ടോ ഒന്ന് സ്മരിച്ചു നോക്കൂ സാധിക്കുമോ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ശരീരം സത്യമല്ല നിങ്ങളുടെ അനുഭവത്തിൽ തന്നെ നിങ്ങളുടെ ശരീരമില്ല പിന്നെ എന്താ നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ വാട്ട് ഡു യു മീൻ ബൈ യുവർ എക്സ്പീരിയൻസ് ഓഫ് യുവർ എക്സിസ്റ്റൻസ് നിങ്ങളുടെ അനുഭവത്തിൻ നിങ്ങളുടെ ഇരുപ്പിന്റെ അനുഭവം എന്താ അതിനെങ്ങനെ പറയും ആവിഷ്കരിക്കാൻ പറ്റൂല അഹമസ്മി അതാണ് അതോട് അവസാനിപ്പിച്ചത് ഞാനുണ്ട് ഞാനുണ്ട് എന്നുള്ള അനുഭവമുണ്ട് ഈ അനുഭവം സ്വതസിദ്ധമാണ് അതെന്താണെന്ന് അറിയില്ല അത് ശരീരമാണെന്നാണ് ഇപ്പൊ ഞാൻ ധരിച്ചിരിക്കുന്നത് ധരിച്ചാ നിങ്ങൾ മരിച്ചു പോവും ചത്തുപോകും ലോകത്തില് ദുഃഖമുണ്ട് സാർ പ്രശ്നമുണ്ട് പ്രശ്നമുണ്ടെങ്കിൽ പരിഹരിക്കാൻ പറ്റില്ല അല്പം സീരിയസ് ആയിട്ടൊന്ന് ചിന്തിക്കാം ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രശ്നമുണ്ട് നിങ്ങൾക്ക് സ്ഥാപിക്കാം പ്രശ്നമൊന്നുമില്ല ഞാൻ നിത്യമുക്തമായ പൂർണ്ണ വസ്തുവാണെന്ന് സ്വീകരിക്കാം നിങ്ങളുടെ മുമ്പിൽ രണ്ട് കാര്യമാണ് ഉള്ളത് നിങ്ങൾ പറയാണ് നിങ്ങൾക്ക് പറയാം ഉപനിഷത്തൊക്കെ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ അഹം ബ്രഹ്മാസ്മി എന്നോ ഞാൻ മുക്തമാണെന്നൊക്കെ പറയാം പക്ഷെ ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ എത്ര പ്രശ്നമുണ്ട് ശരി സ്വീകരിക്കണം പ്രശ്നം എനിക്കുണ്ട് പ്രശ്നമുണ്ട് എന്ന് സ്വീകരിച്ചാൽ പരിഹാര്യമേ അല്ല ഇവിടെ ഒരു പ്രശ്നവും ഇതുവരെയ്ക്കും ആരും പൂർണ്ണമായി പരിഹരിച്ചിട്ടില്ല ശരീരത്തിന്റെ പ്രശ്നമുണ്ട് ശരി പരിഹരിക്കൂന്ന് നോക്കട്ടെ ശരീരം എന്ന് പറയുന്ന സാധനം ഉണ്ടെന്ന് സ്വീകരിച്ചാൽ തന്നെ അസത്യത്തിൽ നമ്മൾ പെട്ടു എന്നാണ് കോവാ വിവ്യക്തും ക്ഷമി പ്രൗഢാനുഭൂതി എന്നൊരു പ്രകരണ ഗ്രന്ഥം ആ സാറുടെ അടുത്ത് നോക്കുക ആനാത്മാവെന്നൊരു വസ്തുവേ ഇല്ല അല്ലല്ലോ ശരീരം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എന്നാൽ നിങ്ങൾ ആ ശരീരത്തെ ഒന്ന് വ്യാഖ്യാനിക്കും നോക്കട്ടെ ശരീരം ജഡമല്ലേ ആര് പറഞ്ഞു ശരീരം ജഡമാണെന്ന് ഒരു മൈക്രോസ്കോപ്പ് വെച്ച് നോക്കൂ ഓരോ ഡി എൻ എയും ഞാൻ ഞാൻ എന്ന് പറയുന്നത് കാണാം നിങ്ങൾക്ക് ഓരോ കോശവും ഒരു പോപ്പുലേഷനെയാണ് നിങ്ങൾ പൊക്കിക്കൊണ്ട് നടക്കണതെന്ന് അപ്പൊ നിങ്ങൾക്കറിയാം ഇത് നിങ്ങളുടെ ശരീരം എന്ന് നിങ്ങൾ വിളിക്കുന്നു അതിനെ മാറി നിന്ന് നോക്കി നിങ്ങൾ ജഡം എന്ന് പറയണു ശ്രദ്ധിച്ചാൽ ഓരോ ക്ഷണ ഓരോരോ നിങ്ങൾക്ക് കാണാവുന്ന ഏറ്റവും സൂക്ഷ്മ മണ്ഡലത്തിൽ അഹമെന്ന അനുഭവത്തോടുകൂടി ഒരു ഏകകോശ ജീവിയെങ്കിലും നിങ്ങൾ കാണും അങ്ങനെ അനേകം കോടി ഏകകോശ ജീവികളെ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഇത് കോശമാണെന്നൊക്കെ പറയണത് ഇത് ശരീരമാണെന്നൊക്കെ പറയണത് ഇത് മാംസമാണെന്നൊക്കെ പറയണത് ഇത് രക്തമാണ് ശുക്ലമാണ് ശോണിതമാണ് ഒക്കെ പറയുന്നത് ശ്രദ്ധിച്ചാൽ കാണാം ജഡമേ കാണില്ല നിങ്ങള് ഒരു പക്ഷെ ഏറ്റവും അണോഹോ അണിയാൻ നമുക്ക് ഗവേഷണം ചെയ്യാവുന്ന ഏറ്റവും സൂക്ഷ്മ വസ്തുവിനെ പോയാൽ ഇനിയും ഗവേഷണം ചെയ്യാമെങ്കിൽ അതിന്റെ ഉള്ളിൽ ഒരു ബ്രഹ്മാണ്ടം കാണും നിങ്ങൾ പോയിക്കൊണ്ടേയിരിക്കാം അതാണ് അണോഹോ അണിയാൻ മഹതോ മഹീയാൻ ആത്മാ ജന്തോഹോ നിഹിതോ ഗുഹായാം ഇതിൽ സത്യം കാണല്ലേ വാസ്തവത്തിൽ ജഡം എന്നൊരു പദാർത്ഥമില്ല ചൈതന്യമേ ഉള്ളൂ ബോധമേ ഉള്ളൂ ചൈതന്യമേ ഉള്ളൂ ദൃഷ്ടിദോഷമാണ് ജഡം ഓപ്റ്റിക്കൽ ഇല്ലൂഷനാണ് ഈ ജഡം എന്ന് പറയുന്നത് നമ്മൾ ജഡം കാണുന്നവരെ നമ്മൾ ബന്ധത്തിലിരിക്കണമെന്ന് അർത്ഥം സകലത് ആത്മസ്വരൂപമായിട്ട് കാണുന്നവന് അവൻ മുക്തനാണ് സകലത് ജ്ഞാനമായിട്ട് കാണുന്നവൻ ആത്മാവായിട്ട് കാണുന്നവന് അവൻ മുക്തനാണ് അവന്റെ ഉള്ളിൽ പൂർണ്ണത്വം പ്രകാശിച്ചു ആ പൂർണ്ണത്വത്തിനെയാണ് ഉപനിഷത്ത് വേദാന്ത്വം നമുക്ക് കാണിച്ചു തരണത് ശ്രുതി നമുക്ക് കാണിച്ചു തരണത് അത് പറയാനായിട്ടാണ് ശങ്കരാചാര്യര് ഭാരതം മുഴുവൻ നടന്നത് അനേകമനേക ആളുകളെ കണ്ട് ഈ സത്യത്തിനെ ബോധിപ്പിച്ചുകൊണ്ട് ഭാരതം മുഴുവൻ സഞ്ചരിച്ച് ശങ്കരൻ പറഞ്ഞു കൊടുത്തതും ഇത് തന്നെയാണ് ശങ്കരൻ തന്റെ ഗുരുവിന്റെ അടുത്ത് പോയി അറിഞ്ഞ് അനുഭവിച്ചതും ഇത് തന്നെയാണ് ഗോവിന്ദ ഭഗവത്പാദരുടെ അടുത്ത് പോയി പത്ത് ശ്ലോകം ദശശ്ലോകി ശങ്കരാചാര്യര് ഒരു ആദ്യമായി ചൊല്ലിയിട്ടുള്ള ഒരു വേദാന്ത പ്രകരണം എന്നതിന് പറയണം മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ ശങ്കരാചാര്യർ സമാധിയാവുന്നതിന് മുമ്പ് കഥ നമുക്ക് അറിയുന്ന കഥപ്രകാരം പത്മപാദാചാര്യർ ചോദിച്ചത്ര ശങ്കരനോട് അദ്വൈതത്തിനെ ചുരുക്കി പറഞ്ഞു തരാം ആചാര്യസ്വാമികൾ പറഞ്ഞു എന്റെ ഗുരുനാഥന്റെ മുമ്പിൽ എട്ട് വയസ്സിൽ ഞാൻ പോയി നിന്നപ്പോ ഒരു ശ്ലോകം ചൊല്ലി അത് തന്നെ അദ്വൈതം എന്ന് വെച്ചാൽ നോ എവലൂഷൻ ഗ്രഡേഷൻ യോഗങ്ങളൊക്കെ നോക്കൂ യോഗ സാധനങ്ങളൊക്കെ ഇന്നൊന്ന് നാളെ ഒന്ന് മറ്റന്നാളൊന്ന് പൊങ്ങിക്കൊണ്ടേയിരിക്കും ആത്മസാക്ഷാത്കാരത്തിൽ ഗ്രഡേഷൻ ഒന്നുമില്ല ഒരിക്കൽ വന്ന അത് പൂർണ്ണമാണ് കഴിഞ്ഞു രമണ മഹർഷി പതിനെട്ട് വയസ്സിൽ എഴുതി ഇരുപതാമത്തെ വയസ്സിൽ എഴുതി കൊടുത്തതാണ് ഞാൻ ആരാ എന്നുള്ള ആ കൊച്ചു പുസ്തകം അത് തന്നെയാണ് അമ്പത്തിനാല് വർഷവും ഉപദേശം അതിലൊന്നും മാറ്റമില്ല കാരണം സത്യം ഒരിക്കൽ സാക്ഷാത്കരിച്ചാൽ അത് പൂർണ്ണമാണ് ആ പൂർണ്ണത്വത്തിനെയാണ് ആചാര്യസ്വാമികൾ ഈ ഒരു ശ്ലോകത്തിലെ ഏകശ്ലോകി ഈ ഏകശ്ലോകിയില് ബോധിപ്പിക്കണത് അനേകം ഗ്രന്ഥങ്ങൾ എഴുതി ശങ്കരൻ അനേക പ്രകരണ ഗ്രന്ഥങ്ങൾ എഴുതി ഭാഷ്യം എഴുതി അതൊക്കെ വായി പുസ്തകങ്ങൾ അടുക്കി വെച്ചാൽ തന്നെ നമുക്ക് പേടി തോന്നും മുപ്പത്തിരണ്ട് വയസ്സിനാകും ഇതൊക്കെ തീർന്നു എന്നാണ് പറയണത് നമ്മളൊരു അമ്പത് അറുപത് വയസ്സാകുമ്പോഴാണ് ഭജഗോവിന്ദ എടുത്തിട്ട് ഇങ്ങനെ നോക്കണത് കണ്ണ് കാണാൻ അയ്യാ വെരി ഡിഫിക്കൽ ഏറ്റവും ലളിതമായ ഗ്രന്ഥം അപ്പോഴാണ് എടുത്തു നോക്കിയിട്ട് വളരെ വിഷമം തോന്നുന്നു എന്താന്ന് വെച്ചാൽ ബുദ്ധി മുഴുവൻ ലോകത്തിന് കൊടുത്തു ഇപ്പൊ സത്യം വളരെ സിംപിൾ ആയിട്ടുള്ളത് വളരെ വിഷമം പിടിച്ചതായിട്ട് തോന്നുന്നു Truth is very simple. It is simple like your own existence. In Vekananda Swami. Ramana Bhagavan. Ayye ati sulabham. Atma vidya ayye ati sulabham. It is not a sulabham. I am not a sulabham. It is not a sulabham. Oonarudal ituvem. Nanamenum ninaivem. േരോർ നാരെനുമതാൽ നാൻ യാർ ഇടം ഏതെന് ഉൾപോനാൽ നിലവുകൾ പോയി നാൻ നാനെനു കുഹയുൾ താനായികഴും ആത്മജ്ഞാനമേ ഇതുവേ മൗനമേ ഏകവാനമേം ഇൻവസ്താനമേയേ അതിസുലഭം ഊനാർ ഉടൽ ഇതുവേ ഈ ശരീരമാണ് ഞാൻ എന്നുള്ളത് മാറ്റിയിട്ട് നാൻ യാർ ഇടം ഏതെന്റ് ഉൾപോനാൽ ഞാൻ ആരാണ് ഞാൻ എന്നുള്ള ഈ തോന്നലിന്റെ സ്വരൂപത്തിനെ മൂലത്തിനെ അന്വേഷിച്ചാൽ ഞാൻ എന്നുള്ളത് ശമിച്ചു പോകും അഖണ്ഡമായ പൂർണ്ണ ബോധം അവിടെ പ്രകാശിക്കും ഇതുവേ മൗനമേ ഏകവാനമേ ചിതാകാശം ഇൻവസ്ഥാനമേ ആനന്ദം അത് അയ്യേ അതിസുലഭം സാർക്ക് വളരെ ഇഷ്ടമുള്ള ശ്ലോകമാണ് ഗീതയില് രാജവിദ്യ രാജഗുഹ്യം പവിത്രമിതം ഉത്തമം പ്രത്യക്ഷാപകമം ധർമ്മ്യം സുസുഖം കർത്തുമവ്യയം ഇടയ്ക്കിടയ്ക്ക് ഈ ശ്ലോകം ചൊല്ലും വളരെ പ്രത്യക്ഷമായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാം ഒരു ബുദ്ധിമുട്ടില്ല സുസുഖം കർത്തുമവ്യയം ഇത്രയും എളുപ്പമായിട്ട് ഒരു കാര്യമില്ല എന്നിട്ട് ആളുകൾക്കിതൊന്നും വേണ്ട കുറേ പണം വെച്ചിട്ട് ദുഃഖിക്കണം ഈ സത്യം കണ്ടവര് ശരീരത്തിന് വിഷമം വരുംതോറും ആനന്ദത്തോടെ ഇരിക്കുമെന്ന് സാറ് കണ്ടവർക്കറിയാം അദ്ദേഹത്തിന് വയ്യാതായ സമയത്ത് കുറെ കാലം മുമ്പ് തൊട്ട് തന്നെ ശരീരത്തിന് കുറെ അസ്വാസ്ഥ്യണ്ടായിരുന്നു അപ്പൊ തന്നെ സാർ ഒരു ഒരു പ്രാവശ്യം പറഞ്ഞു ശരീരം വിഷമാവും തോറും എനിക്ക് ഭാഗവതത്തിൽ ഒരു ശ്ലോകമാണ് ഓർമ്മ വരുന്നത് പറഞ്ഞുവല്ലോ വിമർശിതൗ ഇത് പണ്ട് തന്നെ വിചാരിച്ച് ഉറപ്പിച്ചതാണ് ഞാനല്ല എന്നുള്ള കാര്യം ഇപ്പൊ ഇത് കേടുവരും തോറും നല്ല വണ്ണം ഉറപ്പുവരികയാണെന്നാണ് ഇത് കേടുവെന്ന് പോകുന്നതോറും നല്ല വണ്ണം ഉറപ്പ് വരികയാണ് ഇത് ഞാനല്ല എന്നുള്ള കാര്യം ഒരിക്കല് ഇവിടെ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് ഓപ്പറേഷനുമായിട്ട് കിടപ്പായിരുന്നു സാർ അപ്പൊ ഇതുപോലെ കുറെ ഭക്തന്മാരൊക്കെ ആയിട്ട് അവർക്ക് കൂടെ പോയി പോയപ്പോ രണ്ടു മൂന്ന് കാര്യം പറഞ്ഞു കുറേ നേരത്തേക്ക് ഈ ബ്രഹ്മവിചാരം തന്നെയായിരുന്നു ആസ്പത്രിയിൽ വേറെ ഞാനും ചോദിച്ചൊന്നുമില്ല പ്രോസ്ട്രേറ്റ് ലാൻഡ് അദ്ദേഹം പറഞ്ഞില്ല കുറെ നേരത്തേക്ക് പറഞ്ഞു ഈ ആസ്പത്രിയുടെ ഉള്ളിൽ ബ്രഹ്മാനുഭവമാണ് ഇതിനകത്ത് ബ്രഹ്മാനുഭവമാണ് അതേ ഉള്ളു ബോധമേ ഉള്ളൂ ഇതിന്റെ ആരോ പറഞ്ഞിട്ടുണ്ട് ഞാന് ആ സമയത്ത് കുറച്ചു കാലം മൗനമായിരുന്നു അപ്പൊ സാറിൻ്റെ അടുത്ത് ആരോ ചെന്ന് പറഞ്ഞിരിക്കണോ യാത്രയൊന്നും വേണ്ട വെച്ചു ഇനി എവിടെയും പോകുന്നില്ല എന്ന് വെച്ചൊന്ന് ഒരു ന്യൂസ് കൊടുത്ത അത് സത്യമായിരുന്നില്ല ആ സമയത്ത് അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല അത് പറഞ്ഞപ്പോ സാർ എന്നോട് പറഞ്ഞു ഇത് പോയി പറയണം എല്ലായിടത്തും എല്ലായിടത്തും പോയി വിളിച്ചു പറയാ കേൾക്കണവര് കേൾക്കട്ടെ ഇല്ലാത്തവരും പോട്ടെ എന്ന് പറഞ്ഞിട്ട് സാർക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു രീതിയിൽ അദ്ദേഹം പറഞ്ഞു ആളുകളൊക്കെ അതും ഇത്തും പറയണ സിദ്ധന്മാരുടെ കയ്യിൽ പെട്ട് ഞെരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സത്യം ചെവിയിലൽപ്പം പോകട്ടെ വിളിച്ചു പറയണം എല്ലാം കഴിഞ്ഞ് പുറപ്പെടുമ്പോ ആരോ ചോദിച്ചു സാർക്ക് ഈ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് എങ്ങനെയുണ്ട് വിഷമം പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് മണ്ണാങ്കട്ട മണ്ണാങ്കട്ട അതൊക്കെ കൺ അതാണ് കാണേണ്ടത് അത് കണ്ട അതാണ് സത്സംഗം എന്ന് പറഞ്ഞത് അല്ലേ നമുക്ക് സത്സംഗം പോലും കുറച്ചു കഴിഞ്ഞാൽ ദുസ്സംഗമാവും എന്താന്ന് വെച്ചാൽ എണീറ്റൊന്നെ ബി പി ചെക്ക് ചെയ്തോ ഷുഗർ എങ്ങനെയുണ്ട് ശരീരം നോക്കിക്കോളൂ ദേഹമുണ്ട് ദേഹത്തിന് വിഷമുണ്ട് എന്നുള്ളത് ഫാക്ച്വാലിറ്റിയാണ് ഇത്യാവെന്ന് പറഞ്ഞ വാക്കതാണ് അതായത് ഇപ്പൊ അനുഭവം ഉണ്ടല്ലോ എന്ന് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല ിറ്റിയാണ് ബട്ട് ദോട്ട് റിയാലിറ്റി റിയാലിറ്റി വേറെ ഫാക്ച്വാലിറ്റി വേറെ ഇപ്പോ ആ നുള്ളിയാ വേദനയ്ക്ക് വിഷപ്പുണ്ട് അതുപോലെ ഉണ്ട് അത്രയേ ഉള്ളു അത് ആർക്ക് നിഷേധ്യമല്ല നിഷേധിക്കണല്ല ജീവൻ മുക്തന്റെ ശരീരവും അതുപോലെയാണ് ബാബു അദ്ദേഹം കുറച്ചു ദിവസം സാറിന്റെ കൂടെ വയ്യാതെ കിടക്കുമ്പോ രാത്രിയൊക്കെ യൂറിനും വിഷമങ്ങളും ഒക്കെ ആയിട്ട് ശരീരം വിഷമിക്കുകയാണ് അപ്പൊ ബാബുവിനോട് രാത്രി എഴുന്നേറ്റ് പറഞ്ഞു ബാബു ഇത് കണ്ടോ ജീവൻ മുക്തന്റെ ശരീരവും ഇത് തന്നെ ഒരൊന്നും വലിയ കാര്യമില്ല ഇതൊന്നും കണ്ടു ഭ്രമിക്കണ്ട സ്വാമി സച്ചിദാനന്ദ സ്വാമി ശരീരത്തിന് നാലു വർഷം വിഷമിച്ചു വളരെയധികം വിഷമിച്ചു ശരീരവേദന പക്ഷെ ആ മുഖത്ത് കണ്ടാൽ അതിന്റെ ഒരു ബാധിപ്പും കാണില്ല ഒരു എല്ലാവരും അറിയുന്ന ഒരു സെയിൻറ്റാണ് അതെ ഒരു മഹാത്മാവാണ് അപ്പൊ ആ ചർച്ച ചെയ്തു അന്ന് ഞാനവിടെ ഉണ്ട് എന്നോട് ഇങ്ങനെ ആ ചർച്ചയിൽ വന്നു ഈ ശരീരവ്യാധിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് മഹാത്മാവായ ഒരാളുടെ ശരീരവ്യാധി എന്ത് മനസ്സിലാക്കണം എനിക്ക് അപ്പൊ പെട്ടെന്ന് തോന്നിയതാണ് ഞാൻ ആ ഭക്തനോട് പറയുകയും ചെയ്തു ശരീരത്തിൻ്റെ വിഷമത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അധ്യാത്മത്തിലേക്കൊന്നും വരണ്ടാന്ന് മനസ്സിലാക്കണമല്ലോ എന്ന് വെച്ചാൽ ഇത് രക്ഷപ്പെടാമെന്ന് വന്നിട്ട് വരണ്ടോ വേണമെങ്കിൽ ശരീരമേ ഇല്ല എന്ന് പറഞ്ഞു തരാം സുഷുപ്തിയില് സിദ്ധമാണെന്ന് പറഞ്ഞു തരാം ഭാഷ്യകാരൻ പറഞ്ഞു അശരീരത്വം നമ്മളുടെ സ്വഭാവമാണെന്നാണ് നേടിയെടുക്കേണ്ട ഒരവസ്ഥ ഒന്നുമല്ല പക്ഷെ നിങ്ങൾ അതിന് തയ്യാറാവണം ശരീരം നമ്മളുടെ സ്വരൂപത്തിൽ ഇല്ല എന്നുള്ളത് അറിയലാണ് വേദാന്ത അല്ലാതെ ശരീരത്തിനെ മാറ്റിമറിക്കലല്ല ഞാൻ ശരീരമല്ല ശരീരം എന്റെ അല്ല ശരീരം എനിക്ക് തന്നിട്ടുള്ള സാധനമൊന്നുമല്ല അത് പ്രകൃതിയുടെയാണ് അത് പ്രകൃതിയാണ് അത് പ്രകൃതിയിൽ തന്നെ ഇല്ലാതായിട്ട് പോവും അഭിമാനം മാത്രമേ അതിലുള്ളൂ എന്റെ ശരീരം എന്ന് പറയണത് ഞാൻ എന്ന അനുഭവമാണ് എന്റെ ഇന്ദ്രിയം എന്ന് പറയണത് ഞാൻ എന്ന അനുഭവമാണ് എന്റെ മനസ്സെന്ന് പറയണത് ഞാൻ എന്നുള്ള അനുഭവമാണ് എന്റെ വ്യക്തിത്വം ഞാൻ എന്നുള്ള അനുഭവമാണ് ശരീരമല്ല ഈ അനുഭവത്തിനെ നിത്യസിദ്ധവുമാണ് അത് നമുക്ക് സദാ കിട്ടിയിരിക്കുന്ന വസ്തുവാണ് ജാഗ്രത് സ്വപ്നം സുഷുപ്തി ജാഗ്രത്തിൽ ശരീരമുണ്ട് മനസ്സുണ്ട് ഞാനുണ്ട് സ്വപ്നത്തിൽ ശരീരമില്ല മനസ്സ് മാത്രം പ്രവർത്തിക്കുന്നു ഞാനുണ്ട് സുഷുപ്തിയിൽ ശരീരവുമില്ല മനസ്സുമില്ല ഞാനുണ്ട് അപ്പൊ ഞാൻ ആരാണ് ഞാൻ എന്താണ് ഞാൻ എന്നുള്ളതിന്റെ സ്വരൂപം എന്താണ് ഇതാണ് ആദ്യ ആദ്യം അവനവനിൽ അറിയണം പിന്നെയെ അത് എല്ലാ സ്ഥലത്തും കാണാനൊക്കെ ആദ്യം അവനവന്റെ അനുഭവത്തിനെ ആരാഞ്ഞു നോക്കുകയാണ് ഞാൻ എന്നുള്ള അനുഭവത്തിന്റെ സ്വരൂപത്തിനെ പരിചയപ്പെടുകയാണ് ദൂരത്തുനിന്ന് ഒരു മല കാണുമ്പോൾ മല നമ്മളുടെ കണ്ണിൻ്റെ ഉള്ളിൽ പെട്ടു അടുത്തു പോകും തോറും മല വലുതായിക്കൊണ്ട് പോകും നമ്മൾ മലയുടെ ഉള്ളിൽ ഒരു പൊടിയായിടുത്തി അല്ലേ അതുപോലെ നമ്മളുടെ തന്നെ ഈ അഹം എന്ന അനുഭവം നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് ശരീരത്തിൻ്റെ ഉള്ളിലാണ് ശരീരത്തിൻ്റെ ഉള്ളിലാണ് പറയാണ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഒരു ചെറിയ കുമളയുടെ ഉള്ളിൽ ആകാശം കാണുന്ന പോലെ ഈ അല്പമായ ശരീരത്തിൻ്റെ ഉള്ളിൽ അഖണ്ഡമായ പ്രജ്ഞ അവിഛിന്നമായ ബോധം നമുക്ക് സദാ അനുഭവത്തിൽ അത് വിളങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട് നിത്യോപലബ്ധി സ്വരൂപോഹമാത്മ ഹസ്താമലകൻ ശങ്കരൻ ചോദിച്ചപ്പോൾ നീ ആരാണ് കുട്ടിയും ചോദിച്ചപ്പോ പറഞ്ഞത് അതാണ് നിത്യോപലബ്ധി സ്വരൂപോഹം ആത്മ എപ്പോഴും ഉപലബ്ധമായ ആത്മവസ്തുവാണ് ഹം മനുഷ്യോ നച്ച ദേവയക്ഷം ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രാഹം ന ബ്രഹ്മചാരീന ഗൃഹീവനസ്തോം ഭിക്ഷുർ നാഹം നിജബോധരൂപാം നീ ആരാണ് കുട്ടിയും ചോദിച്ചു ശങ്കരാചാര്യർ എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടി ജനിച്ചത് മുതൽ ഒന്നിനും കൂട്ടാക്കില്ല വർത്തമാനം പറഞ്ഞില്ല വ്യവഹരിച്ചില്ല ഒരു വികാരവും കാണില്ല അങ്ങനെ കണ്ടാൽ നമ്മൾ സൂക്കെടുത്തല്ല കൂട്ട കണക്കാക്കുക അപ്പൊ ആ കുട്ടിയെ കൊണ്ടുവന്ന് അച്ഛനും അമ്മയും കൂടെ ശങ്കരാചാര്യരുടെ മുമ്പിൽ കൊണ്ടുവന്ന് നൃത്തമാണ് അപ്പൊ ശങ്കരാചാര്യ ചോദിച്ചു കുഞ്ഞെ നീ ആരാണ് കസ്ത്വം അസ്താമലക പുസ്തകം അവിടെ ഉണ്ടാവും തോന്നുന്നു മലയാളത്തിലെ അത് മാത്രമേ വ്യാഖ്യാനിച്ചിട്ടുള്ളൂ സാർ അത് വ്യാഖ്യാനിച്ചിട്ടില്ല അതുകൊണ്ടത് വ്യാഖ്യാനിച്ചു ബാക്കിയൊക്കെ അദ്ദേഹം വ്യാഖ്യാനിച്ചിട്ടുണ്ട് പിന്നൊന്നും പറയാനില്ല ഈ ഒരു ചോദ്യത്തിനുത്തരം കുഞ്ഞെ നീ ആരാണ് എന്നെ കാണുമ്പോ എനിക്ക് സന്തോഷം തോന്നുന്നു നീ ആരാണെന്ന് പറയൂ ശങ്കരൻ ചോദിച്ചപ്പോ ഗംഭീരമായിട്ട് പതിനാല് വയസ്സുള്ള ആ പയ്യൻ പറയാണ് നാഹം മനുഷ്യോ ഞാൻ മനുഷ്യനല്ല പിന്നെ ദേവനോ യക്ഷനോ ഗന്ധർവനാണോ ദേവയക്ഷ ഗന്ധർവ ബ്രാഹ്മണനെ പോലെ തോന്നുന്നുണ്ടല്ലോ ഞാൻ ബ്രാഹ്മണനല്ല പിന്നെ ക്ഷത്രിയനാണോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ഒന്നുമല്ല പിന്നെ നീ ആരാ നിജബോധരൂപ ഞാൻ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാഹ ഗൃഹസ്ഥനോ ബ്രഹ്മചാരിയോ വാനപ്രസ്ഥനോ സന്യാസിയോ ഒന്നുമല്ല ഇതൊക്കെ ശരീരത്തിന്റെ വിശേഷണങ്ങളാണ് ഞാൻ ആര് എന്ന് അന്വേഷിക്കുമ്പോ ഞാൻ ഈ ശരീരമേ അല്ല ഇനി ശരീരത്തിന്റെ വിശേഷണങ്ങളൊക്കെ എങ്ങനെ എനിക്ക് ചേരും മനസ്സിന്റെ സങ്കല്പങ്ങളൊക്കെ എങ്ങനെ എനിക്ക് ചേരും ഞാൻ നിജബോധരൂപനാണ് ആകാശം പോലെ നിർമ്മലമായ ചൈതന്യമാണ് ആകാശം പോലെ അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന പൂർണ്ണ വസ്തുവാണ് അഖണ്ഡ പ്രജ്ഞയാണ് എന്റെ സ്വരൂപം എനിക്ക് ജനനമില്ല മരണമില്ല ആരെങ്കിലും ജനിച്ചത് ഓർക്കണുണ്ടോ ഇതുവരെ ലോകത്തിൽ സാധിക്കാത്ത ഒരു കാര്യമാണ് അവനവന്റെ ജനനത്തിന്റെ ഓർമ്മ you can never imagine a beginning for yourself it is impossible anubhavathile <laughs> njan ippa sambhavichu ennu mone adinu munpu endayirunnu enikku oru ettu vayasu undu nengada veetile oru moonu maranam todarnu nadannu appo ee shraddha engane nadakkund appo njangalkkokku kuttiyalkkokku paranju theriya marichu kenya pidra logathile poyum muthasammaru avaru oru orokku ode undavum സമാധാനമാകുമല്ലോ അല്ലെ ഒരു പുതിയ യാത്ര അത്രേ ഉള്ളൂ അതുകൊണ്ട് അവിടെ പോയാൽ പഴയ ആളുകളെയൊക്കെ കാണാം സമാധാനമായി നമ്മള് പിന്നൊന്നും ചോദിക്കില്ല അതുകൊണ്ട് സന്തോഷമായി അങ്ങനെയൊക്കെ അറിഞ്ഞിരിക്കുന്ന സമയമാണ് അപ്പൊ ഇങ്ങനെ തുടർന്ന് മൂന്ന് മരണമായി നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള വയസ്സായ രണ്ടുപേരും അതിൽ ഒരു അമ്മ നല്ലവണ്ണം പഠിച്ച സ്ത്രീയാണ് രണ്ടുപേരും ഒരു ഒരുമാതിരി സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരാണ് അപ്പൊ അതില് ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയോട് ചോദിക്കുകയാണ് ഈ മരിച്ചു കഴിഞ്ഞാൽ എന്താവും എന്നാണ് ചോദ്യം ഉപനിഷത്ത് കഠോപനിഷത്തിൽ പിന്നീട് ആണ് അതൊക്കെ അറിയണത് അപ്പൊ എനിക്കൊരു ഒമ്പത് വയസ്സോ പത്ത് വയസ്സോ ഉണ്ടാവും ഇവർ തമ്മിലുള്ള സംവാദം ഞാൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക ഇതിങ്ങനെ ബാക്കി കേൾക്കേണ്ട അപ്പൊ ഇതിലൊരു സ്ത്രീ മറ്റൊരു സ്ത്രീയോട് ചോദിക്കുകയാണ് മരിച്ചു കഴിഞ്ഞാൽ എന്താവും അപ്പോൾ ഇവര് ചോദിച്ച ഉടനെ ഉള്ളിലെ ഒരു കുട്ടിയുടെ മനസ്സിൽ ഈ പറഞ്ഞു തന്നോക്ക് ഓർമ്മ വരും നാച്ചുറലായിട്ട് പിതൃലോകത്തിൽ പോവും മരിച്ചു കഴിഞ്ഞാൽ അവിടെ അവിടെ പോവും അങ്ങനെ ഇത് പറയണതിന് പകരം ഈ പഠിച്ചതിന് കുഴപ്പാണെന്ന് തോന്നുന്നു മറ്റേ അമ്മ പറഞ്ഞു മരിച്ചു കഴിഞ്ഞാൽ എന്താവും നമ്മൾ ഇല്ലാതാവും തോന്നുന്നു ഇതാണ് ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് മറ്റേ സ്ത്രീ പറഞ്ഞത് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് എനിക്ക് ആ സമയത്ത് ഈ ഇല്ലാതാവുക എന്ന് കേട്ടതോടുകൂടി ഒരു ഷോക്ക് ശരിക്കും എന്തോന്ന് ആക്രമിക്കാൻ പറഞ്ഞ പോലെ എന്നെ ഇല്ലാതാക്കാൻ ഇല്ലാതാവുക ഞാനില്ലാതാവുക അപ്പോ ഉള്ളില് അത് സമ്മതിക്കണില്ല ഉള്ളിലൊരാളത് സമ്മതിക്കണില്ല എങ്ങനെ ഇല്ലാതാവും ഉള്ളത് എങ്ങനെ ഇല്ലാതാവും പിന്നെയാണ് ഭഗവത്ഗീതയിലെടുത്ത് ഒരു പതിനാല് വയസ്സിലോ മറ്റോ ആണ് നാസത്തോ വിദ്യദേഭാവഭാവോ വിദ്യദേ സതഹ എന്ന് പഠിക്കണത് പക്ഷേ ജനുവിൻ ഇൻട്യൂഷൻ മതി നമുക്ക് ജ്ഞാനത്തിനാണ് പുസ്തകമൊന്നും ആവശ്യമില്ല പിന്നെ അത് കൺഫേർമേഷനാണ് പുസ്തകമൊക്കെ അത് തന്നെയാണ് അതെന്ന് പറയാനുള്ള പുസ്തകം ഭഗവാൻ രമണ മഹർഷി എടുത്ത് പറഞ്ഞു പുസ്തകമൊക്കെ എന്തിനു കൊള്ളും എന്ന് വെച്ചാൽ അനുഭവിച്ച ശേഷമോ ഇത് ശരി തന്നെയെന്ന് അറിയാം പുസ്തകം പുസ്തകം എടുത്തു നോക്കിയോ അതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ തന്നെയാണല്ലോ എന്ന് പറയാം ആ സമയത്ത് ഇത് പറയുമ്പോ അഷ്യോ ഞാനുണ്ടല്ലോ ഉണ്ണതെങ്ങനെ ഇല്ലാതാവും ഇതൊന്നും വ്യക്തമായിട്ടല്ല പക്ഷെ അവ്യക്തമായിട്ട് ഇത് സ്വീകരിക്കാൻ വയ്യാവുന്നതാണ് ഇല്ലായ്മ ആരറിയും ശൂന്യത ആരറിയും ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ ഇല്ല എന്ന് പറഞ്ഞൊരു സാധനമുണ്ടോ ഞാൻ കണക്ക് പഠിച്ചവരോടൊക്കെ ചോദിക്കാറുണ്ട് ഈ പൂജ്യത്തിന് ഒന്ന് പറഞ്ഞാൽ എന്താ എന്നാണ് ചിലർക്ക് മനസ്സിലാവണേ ആദ്യം ഡൈഡക്ഷൻ ചെയ്ത് ഒന്നേ ഉള്ളൂ എന്ന് സമ്മതിപ്പിക്കാം ഒന്നാണ് മറ്റൊരു ഒന്നിന് ചേർത്തി രണ്ടാവണത് മറ്റൊന്ന് ചേർത്തി മൂന്നാവണത് മറ്റൊന്ന് ചേർത്തി നാലായി ഇങ്ങനെ അനന്തമായി പെരുകണു അപ്പോ കണക്ക് ചുരുക്കി കൊണ്ടുവന്ന ഒന്നേ ഉള്ളൂ ഒന്ന് മാത്രമേ ഉള്ളൂ ആ ഒന്നിനെ ഒന്നെന്ന് പറയാവോ ആദ്യം നിങ്ങളെ തീരുമാനിച്ച് ഒന്നേ ഉള്ളൂ അപ്പൊ ഒന്നിന് നിങ്ങൾക്ക് ഒന്നെന്ന് പറയാമോ പൂജ്യം എന്ന് പറഞ്ഞൂടെ ഇനിയിപ്പോ ആ ഒന്നെന്ന് അന്യമായിട്ടൊരു പൂജ്യം പറയാൻ നോക്കുമോ എഴുതിയിട്ടില്ല പൂജ്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണമെന്നാണ് അർത്ഥം അല്ലെ അത് കംപ്ലീറ്റ് ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത് അല്ലെ പൂജ്യം നോക്കും സർക്കിൾ ആണ് അല്ലേ ഇങ്ങനെ പൂ അത് കംപ്ലീറ്റ് ആണ് വേറെ ഒരു നമ്പറും ഒന്ന് രണ്ട് മൂന്നും ഒക്കെ വാലും തലയുണ്ട് പൂജ്യം കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ഒരു നമ്പറുണ്ട് എട്ട് മായയുടെ സിംബലാണത് നമ്മൾ ഇൻഫിനിറ്റി എഴുതുമ്പോൾ എട്ടായിട്ടാണ് ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് എഴുതുന്നത് അല്ലേ അപ്പൊ എട്ട് എട്ട് ഈ കുക്കറിന്റെ ഗ്യാസ്കെറ്റ് എടുത്താൽ അത് പൂജ്യമാണ് അതിന് വളച്ച െ എട്ടിനെ വിട്ടാൽ പൂജ്യമാവും എട്ട് മായയാണ് ഞാനിത് കണക്കിന് വേണ്ടി തമാശന് വേണ്ടി പറയണതല്ല മലയാളത്തിൽ നമ്മൾ സാധാരണ ചൊല്ലുന്ന ഒരു കാര്യമുണ്ട് എട്ടും പൊട്ടും തിരിയാത്തതെന്ന് ഈ പൊട്ട് എന്ന് പറഞ്ഞാൽ പൂജ്യമാണ് എട്ട് എന്ന് പറഞ്ഞാൽ മായയാണ് എല്ലാം ഇല്ലാത്ത ചിത്ത് ഉണ്ടല്ലോ ആ ചിത്താണ് പൂജ്യം എല്ലാം ഉള്ള ഈ പ്രഭംസ ഉണ്ടല്ലോ അതാണ് എട്ട് അതുകൊണ്ടാണ് ഭഗവാൻ ഈ അഷ്ടമിതിയിൽ ജനിക്കുന്നത് അഷ്ടദാ പ്രകൃതി ഭഗവാൻ ഗീതയില് പറയണ ഭൂമിരാപോ അനലോ വായുഖം മനോബുദ്ധിരേ വച്ച് അഹങ്കാരിന്നകൃതി അഷ്ട അപ്പൊ ഈ എട്ടും പൊട്ടും രണ്ടും തിരിഞ്ഞവൻ പൂർണമായി സമാധിയിൽ സ്വരൂപസാക്ഷാത്കാരം നേടി വ്യുത്ഥാന ദശയില് സകലതു എന്ന് അറിഞ്ഞു കഴിഞ്ഞവന് പിന്നെ അറിയാനൊന്നുമില്ല അവന് ഉപേക്ഷിക്കാനോ ഒന്നുമില്ല ഉപേക്ഷി എന്തിനുപേക്ഷിക്കും ഇല്ലാത്തത് വീണ് കഴിഞ്ഞാൽ ഉള്ളത് പൂർണ്ണമാണ് സകലതും ആത്മസ്വരൂപം തന്നെ അപ്പോ നമുക്ക് സ്വാനുഭവത്തിലെണ്ട് പലരും അനുഭവിക്കുന്നുണ്ട് എല്ലാവരും അനുഭവിക്കുന്നുണ്ട് അല്പസ്വൽപ്പം അപ്പപ്പോ നമ്മൾക്ക് വിടവിലൂടെ നമ്മളത് കാണുന്നുണ്ട് ഒരു ചിത്തവൃത്തിക്കും ഒരു ചിത്തവൃത്തിക്കും നടുവിൽ ഇപ്പൊ നിങ്ങൾ വാച്ചിനെ എടുത്ത സമയം നോക്കി എട്ടേ ഇരുപത് നോക്കി അത് കഴിഞ്ഞിട്ട് കേട്ടു ഈ എട്ടേ ഇരുപതിനും പിന്നെ കേൾക്കുന്നതിനും രണ്ട് ചിത്രവൃത്തികളാണ് വന്നത് അല്ലെ രണ്ട് ചിത്തവൃത്തികൾക്ക് നടുവില് എന്തുണ്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളുണ്ടോ അവിടെ അവിടെ നിങ്ങൾ ഒന്നും എന്ന് പറഞ്ഞാൽ ആ ഗ്യാപ്പ് ഉണ്ടല്ലോ അതാണ് ഇടയൻ കൃഷ്ണൻ ആ ഇടയനാണ് ഇടയ്ക്ക് ഇടയ്ക്ക് എറിനാള് ചിത്തവൃത്തികൾക്ക് ചിത്തവൃത്തികൾ ഇടയില് ഒരു ചിത്തവൃത്തിക്ക് ഒരു ചിത്തവൃത്തിക്ക് എറുതെ ഇടയിൽ അങ്ങനെയൊക്കെ പാടിയുണ്ട് ഭക്തന്മാരൊക്കെ സബ് വൃത്തി ഹേ ഗോപികം സാക്ഷി കൃഷ്ണസ്വരൂപ ആപേലത്ത് ഏ ഹേ രാസഅനൂപ രാസലീല എന്താന്ന് വെച്ചാൽ എല്ലാ വൃത്തികളും ഗോപികകളാണ് അത്രേ മനസ്സിലുണ്ടാവുന്ന ചിത്തവൃത്തികളൊക്കെ ഗോപികകളാണ് ആ വൃത്തികൾക്ക് നടുവിൽ അങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ചിത്തുണ്ടല്ലോ ആ ചിത്ത് കൃഷ്ണന്റെ സ്വരൂപമാണ് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ചിത്തിൽ നിന്ന് ചിത്തം അന്യമല്ല എന്ന് കണ്ടാൽ ചിത്തമുണ്ടായി നിന്ന് മറയണതൊക്കെ രാസമാണ് വിശ്വോദ്ഭവ സ്ഥിതി ലയേഷു നിമിത്തലീല രാസായത്തെ നമയിതം ചകർമേശ്വരായ വിശ്വോദ്ഭവ സ്ഥിതി ലയേഷു ഭാഗവതത്തിലെ വരുന്ന ശ്ലോകമാണ് രാസം എന്താണെന്ന് ഭാഗവതം തന്നെ വ്യാഖ്യാനിക്കുകയാണ് ശശ്വത് സ്വരൂപമഹസൈവ നിപീത ഭേദമോഹായ ബോധദിഷണായ നമ പരസ്മൈ ആത്മവിചാരം കൊണ്ട് ഭേദമോഹം ഉള്ളുന്നു പോയി ബോധദിഷണായ ബോധം ഹൃദയത്തിൽ പ്രകാശിച്ചവന് വിശ്വോദ്ഭവസ്ഥിതി ലയേഷു സൃഷ്ടി സ്ഥിതി സംഹാരം എല്ലാം തന്നെ ഭഗവാന്റെ ലീലാരാസമാണ് അവൻ ധ്യാനിക്കൊന്നും വേണ്ട കണ്ണു തുറന്നിരിക്കുമ്പോ തന്നെ മനസ്സ് പ്രവർത്തിക്കുമ്പോ തന്നെ സമാധിയാണ് മനസ്സ് തന്നെ ആത്മാവിൽ നിന്ന് ഭിന്നമല്ല ചിത്തിൽ നിന്ന് ചിത്തം ഭിന്നമല്ല അതിന്റെ മാനിഫെസ്റ്റേഷൻ തന്നെയാണല്ലോ തഗ്നിൽ നിന്ന് സ്ഫുലിംഗങ്ങൾ ഉണ്ടാവുന്ന പോലെ ആ ഹൃദയസ്ഥാനത്ത് നിന്ന് ചിത്തവൃത്തികൾ ഉദിക്കുന്നു പ്രാണൻ ഉദിക്കുന്നു മനോമയ പ്രാണശരീര നേത പ്രതിഷ്ഠിതോന്നി ഹൃദയം സന്നിധായ തദ്വിജ്ഞാന പരിപശ്യന്തി ധീരാഹ ആനന്ദരൂപം അമൃതം യത് വിഭാതി ആനന്ദരൂപം അമൃതം യത് വിഭാതി ആനന്ദരൂപം ആ സ്വരൂപം അമൃതമാണത് മരണത്തിന് ആർക്കും ഭാവന ചെയ്യാൻ പോലും സാധ്യമല്ല നമ്മൾ എത്രയൊക്കെ മരണം കണ്ടിട്ട് വന്നാലും കുറച്ചു നേരം കഴിയുമ്പോൾ മറന്നു പോവും എന്തുകൊണ്ട് മറന്നു പോണു എന്തുകൊണ്ട് സ്വീകരിക്കാൻ പറ്റണില്ല എത്ര ആളുടെ മരണം കണ്ടാലും തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ ആള് പോലും സ്വീകരിക്കണില്ല ഞാൻ മരിക്കാൻ പോണെന്ന് പറഞ്ഞു പേടിപ്പിച്ച് നിർത്തിയാൽ പോലും കുറച്ചു നേരം പേടിച്ചിട്ട് പിന്നെ ടി കാണാൻ പോവും ഫോണ് കഴിക്കാൻ പോവും എന്തുകൊണ്ട് ചിത്തവൃത്തി മാത്രമാണ് മരണം വെറൊരു ഭയം മരണത്തിന് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടുണ്ടോ കണ്ടുണ്ടോ പിന്നെ എങ്ങനെയാ നിങ്ങൾ മരണത്തിൽ വിശ്വസിക്കുന്നത് ഈ മറ്റുള്ളവര് മരിക്കണത് കണ്ടിട്ടില്ലല്ലോ മറ്റുള്ളവർ മരിക്കണത് നിങ്ങൾ എവിടെ കണ്ടു മറ്റുള്ളവരെ നിങ്ങൾ ആരാന്ന് പറയണോ അയാൾ അവിടെ കിടക്കണ്ട വേറെ എന്തോ പോയില്ലോ അത് നിങ്ങൾ വിശ്വസിക്കണില്ലല്ലോ നിങ്ങൾ അനുഭവിക്കണമില്ലല്ലോ ഈ ചോദ്യം ആരാ ചോദിക്കണം അറിയോ ഭാഗവതത്തില് സപ്തമസ്കന്ധത്തിൽ ഇരണ്യകശിപു ആണ് ചോദിക്കുന്നത് ഈ ചോദ്യം ഇരണ്യകശിവലും ഭാഗവതത്തിൽ അജ്ഞാനിയല്ല ഇരണ്യകശിപു ഇരണ്യാക്ഷനൊക്കെ സമാധിസ്ഥിതിയിലിരുന്നു എന്നൊക്കെയാണ് ഭാഗവതകാരൻ പറഞ്ഞത് എന്ന് വെച്ചാൽ ചുരുക്കത്തിൽ ഒരാൾ നല്ല ആളും ചീത്ത ആളും ഒക്കെ മാത്രമാണ് ഈ കഥകളിയിൽ നല്ല രസമായിട്ട് ഞങ്ങൾ പറയും ഒരു പ്രസിദ്ധ കഥകളിക്കാരൻ അദ്ദേഹം അപ്പോഴീ കത്തിവേഷക്കേടുള്ളൂ അപ്പോ ദുശാസനൻ പിന്നെ ഭയങ്കരമായ വേഷങ്ങളൊക്കെ ഇടും ആ വേഷങ്ങളൊക്കെ ഇട്ടിട്ട് വേഷം കഴിഞ്ഞാല് മൂപ്പര് നാമജപവും ഒക്കെ ആയിട്ട് അമ്പലത്തില് ഗംഭീരമായിട്ട് ജപവും ഭക്തിയൊക്കെ ആയിട്ടിരിക്കും ഈ കൃഷ്ണനും അർജുനനും ഇങ്ങനെ വേറെ ചിലരൊക്കെ ബോധമില്ലാതെ ഡ്രൈനേജിലൊക്കെ കിടക്കും അയാൾ വെച്ചാൽ ഈ വേഷം കെട്ടുമ്പോ പല വേഷം കെട്ടേണ്ടി വരും സ്വാത്മദർശനം ഈശദർശനം സ്വാത്മരൂപത ഭഗവാൻ രമണ ഭഗവാൻ പറഞ്ഞു ഈ വേഷം മാറ്റി കഴിഞ്ഞാൽ എല്ലാരും ഒന്ന് തന്നെ തന്നെ വിട്ട് ഓർവത് താൻ ഈശൻ തന്നെ ഉണർവതാം ഊന്തി ഈശ്വരനെ അറിയൽ എന്താന്ന് വെച്ചാൽ ഈ ഉപാധിയെ മാറ്റി ഞാൻ എന്നെ അറിഞ്ഞാൽ എന്റെ അനുഭവ തന്നെ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയാൽ ഈ പ്രഭാഷണത്തിനൊക്കെ അത്രയേ പ്രയോജനമുള്ളൂ ഒന്നും മനസ്സിലാക്കണതൊന്നും പ്രയോജനമല്ല നിങ്ങൾ മനസ്സിലാക്കിയിട്ട് കാര്യവുമില്ല നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുമ്പോ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങളുടെ ശ്രദ്ധ കേൾക്കുന്നത് വിട്ടിട്ട് കേൾക്കുന്നവനിലേക്ക് തിരിയാണെങ്കിൽ ദൃശ്യത്തിനെ വിട്ട് ദൃക്കില് തിരിയാണെങ്കിൽ ആ ക്ഷണത്തിലെ നിങ്ങൾക്ക് സമാധി അനുഭവം ഉണ്ടാവും സമാധി എന്ന് വെച്ചാൽ യോഗികൾ അനുഭവിക്കുന്ന മനസ്സിന്റെ സമാധിയല്ല നിർവികൽപ്പ ബോധം നിർവികൽപ്പ യോഗമല്ല നിർവികൽപ്പ യോഗം വന്നിട്ട് പോവും നിർവികൽപ്പ ബോധം ഒരിക്കൽ അറിഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞു കഴിഞ്ഞതാണ് ശ്രദ്ധ അതിൽ വീണു കഴിഞ്ഞാൽ പിന്നെ മനസ്സ് പ്രവർത്തിച്ചാലും ശരി മനസ്സ് നിശ്ചലമായി നിന്നാലും ശരി വിദ്യാരണ്യ സ്വാമികൾ പറയണു ഇത് അറിഞ്ഞു കഴിഞ്ഞാളുടെ മനസ്സ് എന്തെങ്കിലും വ്യവഹാരത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടാലും ശരി അല്ല ഏകാന്തമായിരുന്നു വിഷ്ണുവിനെയോ ശിവനെയോ ധ്യാനിച്ചാലും ശരി അയാളുടെ സ്വാഭാവികമായ സ്വരൂപസ്ഥിതിക്ക് ഭംഗമേയില്ല എന്നാണ് അയാൾക്ക് ധ്യാനം പൂജ ജപമൊക്കെ ചെയ്യാം അല്ലെങ്കിൽ അയാളുടെ വ്യവഹാരം വേറെ വല്ലതുമാണെങ്കിൽ ആ വ്യവഹാരം ചെയ്യാം അയാളുടെ പ്രാരബ്ധം എവിടെയാണോ ആ പ്രവൃത്തി എടുക്കാം പക്ഷെ അതുകൊണ്ട് ഒന്നും തന്നെ അയാളുടെ സ്വരൂപാനുഭവം ഭംഗപ്പെടില്ല അത്തരത്തിലൊരു സ്റ്റേറ്റ് ഉണ്ട് എന്നുള്ളത് തന്നെ ആ സ്ഥിതിയിലിരിക്കുന്ന മഹാത്മാക്കളെ കണ്ടാലേ ഊഹിക്കാൻ ഒക്കെയുള്ളൂ ആ കാണാൻ വേണ്ടിയിട്ടാണ് സത്സംഗം എന്ന് പറഞ്ഞാൽ അതാണ് അല്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ കേൾക്കലല്ല സാർ എൻ്റെ അടുത്ത് ചിലപ്പോ തമാശ ചോദിക്കാറുണ്ട് സപ്താഹാണല്ലേ ചോദിക്കും ഷാപ്പാടൊക്കെ അല്ലേ നല്ലവണ്ണം ഉണ്ടോ സാറ ശാപ്പാടൊക്കെ ഈ സത്യം അറിയാൻ സമയമായാൽ നമ്മളുടെ ഉള്ളിലെ ആദ്യത്തെ ലക്ഷണമാണ് ജിജ്ഞാസ ജിജ്ഞാസ എന്ന് വെച്ചാൽ പുറമേക്ക് അറിയാനുള്ള ആഗ്രഹമല്ല നമ്മളെ തന്നെ കണ്ട് തണ്ട് നമ്മൾ വിസ്മയിക്കണം എന്തിനെങ്കിലും കണ്ട് വിസ്മയിക്കല്ല ഞാൻ എന്നെ കണ്ട് വിസ്മയിക്കുക എന്താണ് എന്റെ ഈ ഇരുപ്പ് കണ്ണടച്ച ഒക്കെ മറിഞ്ഞു പോകണു അതിനകത്തുള്ളത് കണ്ണു തുറന്നാ ഒക്കെ കാണുന്നു ഉറങ്ങണം സ്വപ്നവും കാണുന്നു ഉപനിഷത്ത് തന്നെ അങ്ങനെയൊക്കെയാണ് കാണിച്ചു കൊടുക്കുന്നത് യഥാ സുപ്ത ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അനേക സ്വപ്നങ്ങൾ കാണുന്നു ദർശനങ്ങൾ കാണുന്നു തദേവ ശുക്രം തദ് തതേവ അമൃതമുച്ചത്തെ നീ ഉറങ്ങിക്കഴിയുമ്പോ ലൈറ്റൊക്കെ അണച്ച് ഇരുട്ടിൽ കിടക്കുമ്പോൾ എങ്ങനെ സ്വപ്നം കണ്ടു സൈറ്റൊക്കെ കെടുത്തിട്ടാണല്ലോ കിടന്നത് സ്വപ്നം കണ്ടുവല്ലോ നല്ല വെളിച്ചത്തിൽ കണ്ടു ആരാ ആ വെളിച്ചം ഞാൻ തന്നെ വെളിച്ചം സ്വപ്നത്തിൽ കണ്ട പദാർത്ഥങ്ങളൊക്കെ എന്താ ഞാൻ തന്നെയാണ് നിങ്ങളെയൊക്കെ സ്വപ്നത്തിൽ കണ്ടു നിങ്ങൾ ആരും അവിടെയില്ല ഞാൻ മാത്രമേ ഉള്ളൂ സാമഗ്രി നിങ്ങളൊക്കെ ആയിട്ട് തീർന്നു ഞാൻ ഞാൻ തന്നെ കാണുന്നവനുമായി തീർന്നു ഞാൻ തന്നെ സ്വപ്നത്തിൽ ഒരാളായിട്ട് തീർന്നു ഞാൻ തന്നെ നിങ്ങളൊക്കെ ആയിട്ട് തീർന്നു എല്ലാം ഞാൻ തന്നെ അതേപോലെ തന്നെ ജാഗ്രത അപിനോ വിശേഷ ജാഗ്രത ഒരു വിശേഷമില്ല എല്ലാം ഞാൻ തന്നെയാണെന്ന് എന്റെ സ്വരൂപത്തിനെ അറിഞ്ഞു കഴിയുമ്പോ ആത്മൈവ ഇതം സർവം സർവം യതയം ആത്മാശാവാസ്യമിതം സർവമെന്ന് ഉപനിഷത്ത് പറഞ്ഞു ഭാഗവതം ഭക്തിയെ പറയണു ഭാഗവതം ആത്മാവാസ്യമിതം വിശ്വം എന്ന് മാറ്റി വിശ്വം മുഴുവൻ ആത്മസ്വരൂപമാണ് ആത്മാവോ നിങ്ങൾക്ക് അനുഭവമുണ്ട് ഇപ്പൊ തന്നെ നിങ്ങൾ അനുഭവിക്കുന്നത് ആത്മാവിനെയാണ് നിങ്ങൾ അനുഭവിക്കുന്നത് ശരീരത്തിനെയോ മനസ്സിനെയോ ഒന്നുമല്ല ആത്മാവിലൂടെ ശരീരം മനസ്സ് പ്രപഞ്ചമൊക്കെ കാണുന്നു അത്രയുള്ളൂ നിങ്ങളുടെ അനുഭവം നിങ്ങളുടെ അസ്തിത്വത്തിന്റെ അനുഭവം തന്നെ നിർവിക്കൽപ്പമാണ് നിങ്ങളുടെ അനുഭവം തന്നെ നിങ്ങൾ ബ്രഹ്മമാണ് നിങ്ങൾ പൂർണ്ണ വസ്തുവാണ് നിങ്ങൾ ആകാശമാണ് ഞാൻ ആകാശമാണ് ഈ ഉപദേശ ആകാശമാണെന്നാണ് ഗോഢപാതാചാര്യർ പറയണത് അങ്ങനെ ആകാശമായി ഉപദേശിക്കണമെന്നാണ് ആ ഞാനേന ആകാശകൽപ്പേന് യോ ധർമാന ഗഗനോപമാന ജ്ഞേയാഭിന്നേന സമ്പുദ്ധ തമ്പന്തേ ദ്വിപദാം വരം രണ്ടു കാലിൽ നടക്കുന്നവരിൽ ശ്രേഷ്ഠനാരാണ് എന്ന് വെച്ചാൽ ആ ഗുരു ഏത് ഗുരു എന്ന് വെച്ചാൽ ഞാനേന ആകാശകൽപ്പേന് ഇപ്പൊ ഞാൻ മൈക്ക് എന്ന് പറഞ്ഞാൽ ആ അറിവ് മൈക്ക് കൊണ്ട് പരിമിതിപ്പെടും മൈക്കിനെ അറിയുന്ന ഞാനും ആ അറിവ് കൊണ്ട് പരിമിതിപ്പെടും ആത്മജ്ഞാനമോ ആകാശകൽപജ്ഞാനം ആത്മാവോ ആകാശകൽപ്പം അറിയുന്നവനോ അവനും ആകാശകൽപ്പം പരിമിതി ഇല്ല പരിധിയില്ല അഖണ്ഡമായി പൂർണ്ണമായി അവിഛിന്നമായി ആകാശം പോലെ സ്വേനരൂപേണ ആകാശകൽപ്പ ആത്മാ എന്ന് തന്നെയാണ് ശങ്കരൻ പല സ്ഥലത്തും പറയുന്നത് സ്വേനരൂപ ആകാശം എന്ന് പറയാൻ കാരണം നമുക്ക് ഉദാഹരണം അതേ ഉള്ളൂ അതുകൊണ്ടാ അവിഛിന്നം അനന്തം പൂർണം എന്നൊക്കെ നമുക്ക് പറയുമ്പോ അതേ കിട്ടുള്ളൂ വാസ്തവത്തിൽ സുഷുപ്തി അവസ്ഥയിൽ പോലും ആകാശമില്ല സ്പേസ് പോയി ടൈം പോയി മനസ്സിൽ അയച്ചു കഴിഞ്ഞാൽ സ്പേസ് പോലുമില്ല അവിടെ ആ പൂർണ്ണാനുഭവം നമ്മളുടെ സ്വരൂപം സ്വതസിദ്ധമായ സ്വരൂപത്തിനെ കാണിച്ചു ശങ്കരാചാര്യരും രമണ മഹർഷിയും രാമകൃഷ്ണ പരമഹംസനും വിവേകാനന്ദനും ഒന്നും അത്ര അല്ല എത്ര എത്രയോ അറിയപ്പെടാത്ത ആളുകൾ ഒരു ജ്ഞാനി അയാൾ അറിഞ്ഞു കഴിഞ്ഞാൽ അയാള് ശങ്കരാചാര്യർ തന്നെയാണ് ഇപ്പൊ സാരെ കുറിച്ച് പറയുമ്പോൾ ശങ്കരാചാര്യരെ പോലെ തന്നെ അറിഞ്ഞവനൊക്കെ ശങ്കരനാണ് അറിഞ്ഞവനൊക്കെ രമണ മഹർഷിയാണ് ഒരു പകുതി രമണ മഹർഷി ആവാനൊന്നും പറ്റില്ല കിണർ ചാണ്ടിക്കിടക്കണമെങ്കിൽ മുഴുവൻ ചാടിക്കിടക്കണം പകുതി കിണർ ചാടാൻ പറ്റുമോ തമിഴിൽ ഒരു ചൊല് തന്നെയുണ്ട് പറയോ പകുതി അരകുറ അറിവ് കൊടുക്കണ ആളെ പറയും പകുതി കിണത്തെ താണ്ടിവിടരുത് പകുതി കിണത്തെ താണ്ടരുത് പകുതി കിണറ് കിടക്കാൻ പറ്റുമോ ഉള്ളിലേക്ക് നേരെ പോവും അല്ലേ നിങ്ങളുടെ അവിടെ ഒരാളങ്ങനെ ചെയ്തു ചാടിയാൽ എന്താവും എന്ന് നോക്കി വീണു എല്ലാവരും പൊക്കിക്കൊണ്ട് വന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മൂപ്പർ ഫ്രാക്ചറൊക്കെ മാറി പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മൂപ്പേർക്ക് തോന്നി അന്ന് ചാടിയത് പോരാത്തത് കൊണ്ടാണ് പിന്നെയും ചാടാ പിന്നെയും ചാടി പിന്നെയും വീണു പകുതി അറിയാൻ പറ്റുമോ അറിവ് പൂർണ്ണമാണ് ആകാശകൽപജ്ഞാനം എന്ന് പറഞ്ഞു അതറിഞ്ഞവൻ രമണ മഹർഷിയാണ് രാമകൃഷ്ണ പരമഹംസരാണ് വേദവ്യാസനാണ് ആചാര്യസ്വാമികൾ തന്നെ ഭാഷ്യത്തിൽ പറഞ്ഞു വാമദേവൻ ഗർഭത്തിലിരിക്കുമ്പോ പറഞ്ഞു ഞാൻ മനുവായി ഞാൻ സൂര്യനായി ഞാൻ തന്നെ എല്ലാ ഋഷികളുമായിരുന്നു ഗർഭത്തിൽ കിടക്കുന്ന വാമദേവ മഹർഷി പറയേണ്ട അഹം മനുരഭവം സൂര്യശ്ശ എന്ന് ധഗ്വേദ മന്ത്രം അത് വാമദേവന്റെ മന്ത്രായിട്ടാണ് വാമദേവനാണ് അതിന് ഋഷി അപ്പോ ഇതിന് ഭാഷ്യ എഴുതുമ്പോൾ ആചാര്യസ്വാമികൾ പറഞ്ഞു ഇത് വാമദേവനെ പോലെ ഗംഭീര പുരുഷന്മാർക്ക് മാത്രം ഒതുക്കി വെച്ചിട്ടുള്ളതൊന്നുമല്ല നമ്മളുടെ ഇടയിലും അറുവാചീനന്മാരായിട്ടുള്ളവരും വലിയ വൈഭവം ഒന്നും ഇല്ലാത്ത ആളുകളാണെങ്കിലും ഈ സത്യത്തിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പറയൂന്ന് അനുഭവിച്ചവൻ ആരാണെങ്കിലും അവൻ പൂർണ്ണനാണ് പക്ഷേ അവൻ രമണ മഹർഷിയെ പോലെയോ ശങ്കരാചാര്യരെ പോലെയോ അറിയപ്പെടണമെന്നില്ല ഒരു പക്ഷേ ബാലകൃഷ്ണനായർ സാറെ പോലെ ഇത്രയധികം ശാസ്ത്രപരിജ്ഞാനവും ഗംഭീരമായ ഭാഷയൊന്നും ഉണ്ടാവണമെന്ന് പോലുമില്ല നിങ്ങളാരെങ്കിലുമൊക്കെ സാറ് സാധാരണ പറഞ്ഞ ഒരു രത്നം പോലുള്ളൊരു വാക്ക് പാലക്കാട് വിജ്ഞാനരമണീയത്തിൽ പറയുമ്പോൾ ശരിക്കും ആ വാക്ക് അനുഗ്രഹമാണ് ഈ സാറ് സാധാരണ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു ബോധമേ ഉള്ളൂ ഇത് നല്ലവണ്ണം നിശ്ചയിച്ച് ഉറപ്പിക്കാം രണ്ടാമതൊരു വസ്തു ഇല്ല ഇതങ്ങനെ അറിഞ്ഞ് പതുക്കെ പതുക്കെ പതുക്കെ തെളിഞ്ഞ് അനുഭവിക്കാം അനുഭവിച്ചിട്ട് വലിയ ആളാവാൻ ഒന്നും പോണ്ട സാറ് പറഞ്ഞത് ഇതറിഞ്ഞ് അനുഭവിച്ചിട്ട് വലിയ ആള് കളിക്കാനൊന്നും പോണ്ട കുറെ സ്ത്രീകളാണ് അവിടെ കൂടുതൽ ഇരിക്കണത് അവരെ നോക്കിയിട്ട് പറഞ്ഞു ഇഡ്ലിയും കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് സൗഖ്യമായി സന്തോഷമായിട്ട് ഇരിക്കുക എന്നാണ് ആ ശാന്തി ഉള്ളിൽ അനുഭവിച്ചുകൊണ്ട് ഇഡ്ലിയും കാപ്പിയും ഒക്കെ അത് വലിയ അനുഗ്രഹമാണത് എന്നുവെച്ചാൽ ഈ വലിയ ആളാവാൻ പോണ ആളുകളെ കൊണ്ട് ലോകം നിറഞ്ഞിരിക്കണം ഇപ്പൊ ചെറിയ ആളുകളെ ഇല്ല എല്ലാവർക്കും വലിയ ആളാവണം കയ്യിൽ ഉണ്ടോ ഇല്ലയോ എല്ലാവർക്കും വലിയ ആളായ ശേഷം പിന്നെ നമ്മൾ പഠിക്കുന്ന കാര്യമൊക്കെ നോക്കാന്നാ പറഞ്ഞത് അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ കൊണ്ടാണ് നിറഞ്ഞിരിക്കുന്നത് ആദ്യം എനിക്ക് സമാധാനം വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ആവണം എന്നുള്ളൂ ഈ ആയിത്തീരലാണ് പോണ്ടത് ഇതാവണം അതാവണം ഈ ആയിത്തീരാനുള്ള വ്യഗ്രതയിൽ ഉള്ള വസ്തുവിനെ ശ്രദ്ധിക്കാൻ വിട്ടുപോണുള്ളൂ എന്തോ ആയിത്തീരണം ഭവം ഭവം എന്ന് ഈ ആയിത്തിരലാണ് ചെറിയ കുട്ടികളെ കണ്ടാൽ തന്നെ നമ്മൾ ചോദിക്കുന്നത് നീ എന്തായിത്തീരും എന്നല്ലേ ആ ആയിത്തീരൽ നിന്നു പോകണം നമ്മൾ ഉള്ളത് എന്താണെന്ന് അറിഞ്ഞാൽ നമ്മൾ പൂർണ്ണരാണ് ഒന്നും ആവാനില്ല ഈ പൂർണ്ണത്വത്തിനെ തന്നെ നാളെയും മറ്റന്നാളെയും തുടർന്ന് കാണാം നിങ്ങൾ നമ്മൾ ഭഗവാന്റെ ആ കൃപയുണ്ടെങ്കിൽ അനുഗ്രഹം ഉണ്ടെങ്കിൽ പതുക്കെ പതുക്കെ പതുക്കെ നമ്മളിവിടെ തന്നെ ഇരുന്നു കൊണ്ട് ആ പൂർണ്ണത്വത്തിനെ അനുഭവിക്കും ആ ശാന്തിയെ അനുഭവിക്കും നാളെ കൃത്യം ഇതേപോലെ ആറേമുക്കാലിന് തുടങ്ങാം യതോ മമാത്മാഭവസിത്വമേവ തതോനവാച്യം മമകിഞ്ചിതസ്തി യഥാഷ്ടം കൂരുമാത്മനാഥം രമണം ഭജി